अनुशासितारं सर्वस्य കവിണമു അണോരണീയാസമുസ്മരെസാമചിന്യൂപം ആദിത്യവർണ്ണം തമസ പ്രയാണക്കളേ മനസാചല ഭക്തക്തോ യോഗ ഭ്രുവോർമ്മധ്യേ പുരാണമാവേശ്യ സമ്യക് സതം പരം പുരുഷം ഉപൈതി ദിവ്യം ീതരാഗാ യോ ബ്രഹ്മചര്യം ചരന്തേണ പ്രവക്ഷേ ഇത്രയും പറഞ്ഞു അടുത്ത രണ്ട് ശ്ലോകങ്ങളും ചുരുക്കി പറഞ്ഞു വേദവിദോ വേണ്ട വേദം മുഴുവനും ഏതൊരു അക്ഷരപുരുഷനെ പറയുന്നു അക്ഷരമധിഗമ്യതേ പരമേശ്വരനെയും അക്ഷരം എന്ന പേരുകൊണ്ട് തന്നെ വേദം പറയണം ആചാര്യസ്വാമികൾ ഭാഷയത്തിൽ ഉദ്ധരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു മന്ത്രാണ് ഗാർഗിയോട് യാജ്ഞബൽക്കൻ പറയുന്നത് ഈ അക്ഷരത്തിന്റെ പ്രശാസനത്തിലാണ് പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് പ്രശാസനേ ഗാർഗി തിഷ്ഠത ആ അഴിവില്ലാത്തതായ വസ്തു അതിനെ വേദത്തിലും മുഴുവനും പ്രതിപാദിക്കപ്പെടുന്നു ഉപനിഷത്തുകളൊക്കെ പ്രതിപാദിക്കുന്നു എന്നിട്ട് നമുക്ക് എന്താ അറിയാത്തത് എന്ന് വെച്ചാൽ വീതരാഗാഹ വിശന്തി യഥയഹ ഉള്ളിലുള്ള അറ്റാച്ച്മെന്റ് മുഴുവൻ പോയവരും യാതൊന്നിനോടും സംഘമില്ലാത്തവരും ആത്മജ്ഞാനികളുമായി യഥികൾ ഏതൊന്നിലേക്ക് പ്രവേശിക്കുന്നുവോ ഏതൊന്നിനെ അനുഭവിക്കുന്നുവോ വിശന്തി യദ്യതയോ വീതരാഗാഹ യതിക്ഷന്തോ ബ്രഹ്മചര്യം ചരന്തി ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ഇവിടെ ആചാര്യസ്വാമികൾ ഗുരുകുലവാസം എന്ന് പറഞ്ഞു ഗുരുകുലവാസം ബ്രഹ്മധ്യാനത്തിന് വേണ്ടിയാണല്ലോ അനുസ്യൂതം ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ അനുസ്യൂതം ബ്രഹ്മത്തിനെ കുറിച്ച് കേൾക്കണം അനുസന്ധാനം ചെയ്യണം നിതിധ്യാസനം ചെയ്യണം അതിനാണ് ഗുരുകുലവാസം അങ്ങനെയുള്ള ഗുരുകുലവാസം എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്ത് അത് മുഴുവനും ചുരുക്കി പറയാം പ്രവക്ഷ്യേ എന്താണ് ആ സംഗ്രഹം പ്രണവമാണ് ഓം ഓത്തിന്റെ വ്യാഖ്യാനമാണ് വേദം മുഴുവനും ഏകാക്ഷരം ആ ഏകാക്ഷരം ക്ഷരം നനപ്പവന് മോഹം പോകുന്നു ഹരിനാമ കീർത്തനത്തിലൊരു വാക്കാണത് ഏകാക്ഷരം ഉള്ളില് നനച്ചു കമ്പം കളഞ്ഞ് എന്നൊക്കെ വരും അതില് ഉള്ളില് ആ മൂലാധാരത്തു നിന്നുള്ള എന്താ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ആ ശക്തി മുകളിലേക്ക് പോകുന്നു പ്രണവധ്യാനം കൊണ്ട് പ്രണവം വേദാർത്ഥമാണ് പ്രണവമില്ലാതെ വേദമില്ല സനസുജാതീയത്തിൽ ഒരു ശ്ലോകമുണ്ട് പ്രണവത്തിനെ അറിയാതെ വേദാർത്ഥം അറിയില്ല ആ പ്രണവം ഒന്നുമതി വേദം മനസ്സിലാക്കാന്നാണ് ആ ഒന്നിനെ അറിയാത്തത് ഏക ഏക അവിജ്ഞാനാത് വേദാസ്തേ ബഹവോഭവൻ അതൊന്നിനെ അറിയാത്തത് കൊണ്ട് അതിനെ വിസ്തരിച്ച് വിസ്തരിച്ചാണ് ഇത്ര വലിയ വേദം വന്നത് പ്രണവമാകട്ടെ ആത്മാവിന്റെ ഒരു സിമ്പിൾ ആണ് പ്രണവമും ആത്മാവിനെ കുറിക്കുന്ന ശബ്ദബ്രഹ്മമാണല്ലോ ആ പ്രണവത്തിനെ വ്യാഹരിച്ചുകൊണ്ട് യോഗികൾ എങ്ങനെ ശരീരം വിട്ടുവിടുന്നു പോകുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ശ്ലോകത്തില് ഭഗവാൻ പറയാൻ പാടത്തെ നോക്ക സർവദ്വാരാണി സംയമ്യ മനോഹൃദിനരുദ്ധ്യ ച ൂർധിയാത്മന പുരണ ശരീരത്തിൽ മുഴുവൻ ദ്വാരങ്ങളാണ് പട്ടണത്ത് സ്വാമികൾ പറഞ്ഞു ഇത്ര ഓട്ടയുള്ള ബലൂണില് കാറ്റ് വെളിയിൽ പോവാതിരിക്കുന്നതാണ് ആശ്ചര്യം കാത്തടച്ച പൈ ഇത്രയും ദ്വാരമുണ്ടായിരുന്നിട്ട് ഇതിനകത്ത് എങ്ങനെയാ അപ്പൊ കാറ്റ് നിൽക്കണതെന്നാണ് ആശ്ചര്യം പോണതിൽ ആശ്ചര്യമേ ഇല്ല എന്ന് മുഴുവൻ ദ്വാരാണ് അതിൽ സാമാന്യം വലിപ്പമുള്ള ഒമ്പത് ദ്വാരങ്ങളെ പറയണോ അത്രേ ഉള്ളൂ കോശ കോശത്തിനുള്ള ഒക്കെ ദ്വാരാണ് അതുകൊണ്ടാണ് ഈ നവരക്കിഴി പിഴിയാന്ന് ശരീരത്തിൽ മുഴുവൻ പിഴിഞ്ഞു വെക്കും എന്ന് വെച്ചാൽ അതിനുള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങിക്കോളും എന്നാണ് മുഴുവൻ ഓട്ടയാണ് സർവത്ര ഓട്ടയാണ് അതിലേക്കൊക്കെ മരുന്ന് മേലെ പുരട്ടിയാൽ മതി ഉള്ളിലേക്ക് ഇറങ്ങിക്കൊള്ളും വായക്കൂടത്തിന് കഴിക്കണമെന്നില്ല എന്നർത്ഥം അത്രയും ദ്വാരങ്ങളുള്ള ഈ ശരീരം നാനാഛിദ്ര ഘടം എന്നാണ് അനേകം ഛിദ്രമുള്ള ഒരു ഘടം ഈ ശരീരത്തിലെ ദ്വാരങ്ങളെയൊക്കെ നടക്ക സർവദ്വാരാണ് ഈ സംയമ്യം എങ്ങനെ അടയ്ക്കും കണ്ണ് പൂട്ടി ചെവി പൂട്ടി മൂക്കില് രണ്ട് ട്യൂ അടപ്പ് വെച്ച് അടച്ച് വായിൽ പേസ്റ്റ് ഇട്ട് മലദ്വാരത്തിലും എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചാൽ നേരെ ശമിച്ച രീതിക്ക് കൊണ്ടുപോകാം അല്ലേ അങ്ങനെ അടയ്ക്കാൻ പറ്റുമോ ഈ ദ്വാരത്തിന് എങ്ങനെ ഭഗവാൻ ഇവിടെ ഈസി ആയിട്ട് പറഞ്ഞു സർവദ്വാരാണി സംയമ്യ മനോഹൃ നിരുദ്ധ അവിടെയാണ് സീക്രട്ട് മനസ്സ് ഹൃദയത്തിൽ നിരുദ്ധമായാൽ ഈ ദ്വാരങ്ങളിലൂടെ ഒന്നും വ്യാപാരം ഉണ്ടാവില്ല ബസ് പണിമുടക്കാണെങ്കിൽ റോഡൊക്കെ ശൂന്യമായിട്ട് കിടക്കില്ലേ അതുപോലെ ബസ്സൊക്കെ ഷെഡിൽ കൊണ്ടിട്ടാൽ റോട്ടില് വാഹനങ്ങളൊന്നും ഇല്ലാത്ത പോലെ പണിമുടക്ക് ദിവസം പോലെ ഹൃദയത്തിൽ പോയി ഈ പ്രാണന അടങ്ങിക്കഴിയുമ്പോ നാടികളിലും നരമ്പുകളിലും ഒന്നും ചലനുണ്ടാവില്ല ഇതൊക്കെ യോഗികളുടെ അനുഭവാണ് യോഗികൾക്ക് ഉള്ള അനുഭവാണ് നമ്മളൊക്കെ കഥ കേട്ടോളാണി സംയമ്യ മനഹാ ഹൃദി ഹൃദയത്തില് നിരോധം ചെയ്തു ഹൃദയമാണ് മനസിന്റെ പിറപ്പിടം എന്ന് രാവിലെ പറഞ്ഞു അല്ലേ ഹൃദയത്തിൽ നിന്നുമാണ് മനസ്സെന്നു പറയുന്ന അനിർവചനീയ ശക്തി പിറക്കുന്നത് എന്ന് പറഞ്ഞു മനസ്സിന്റെ സ്വരൂപമോ ഞാൻ എന്നുള്ള സ്പന്ദനമാണ് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ എന്നുള്ള സ്പന്ദന രൂപത്തിലാണ് മനസ്സ് ആദ്യമായി അവതരിക്കണത് രുദ്രനാണെന്നാണ് വേദം പറയണത് ഈ അഹം എന്നുള്ളത് രുദ്രന്റെ സ്വരൂപമാണ് അത്ര എന്ന് വെച്ചാൽ ശിവൻ ബ്രഹ്മാവിൽ നിന്ന് അവതരിച്ചു എന്ന് പറയണല്ലോ രുദ്രൻ എങ്ങനെയാ അവതരിച്ചത് വെച്ചാൽ അഹങ്കാരം രുദ്രോ അഭിമത്യാ എന്നാണ് അപ്പൊ അഭിമാന രൂപം ആ അഭിമാനം ഒരു അവതാരമാണ് ഭഗവാന്റെ ആ അഭിമാനം ആദ്യ സ്പന്ദനാണ് ആ സ്പന്ദനം ഹൃദയത്തില് ഒരു ദ്വാരത്തിൽ ഒരു സുഷിരമുണ്ട് നമ്മളുടെ ഹൃദയത്തില് ഒരു സുഷിരമുണ്ട് ഹാർട്ടിൽ ഹോള്ന്നൊക്കെ പറയില്ലേ ചിലർക്ക് എല്ലാവരുടെ ഹാർട്ടിലും ഒരു ഹോൾ ഉണ്ട് ആ ഹോളിൽ നിന്നാണ് ഈ അഭിമാനം പുറത്തേക്ക് വരണത് അതിൽ നിന്നുമാണ് ഈ അഭിമാനം പുറത്തേക്ക് വരണത് അതിലൂടെ പുരീത്തത്ത് എന്ന നാടി ആ പുരീത്തത്ത് എന്നുള്ള നാടിയിൽ പോയിട്ട് ലയിച്ചു കഴിയുമ്പോൾ ഉറങ്ങും അല്ലെങ്കിൽ യോഗത്തില് പ്രവേശിക്കും ആ പുരിത്തുന്നുള്ള നാടിയിൽ നിന്നും അഭിമാനം പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോ പടയാളികൾ മുഴുവൻ പുറകെ വരും ചിത്തവൃത്തികളൊക്കെ ചിത്തവൃത്തികളൊക്കെ പുറമേ വരും മനസ്സങ്ങനെ വിരിഞ്ഞു വരും മനസ്സ് അഭിമാനം ഹൃദയത്തില് ലയിച്ചു കഴിയുമ്പോൾ മനസ്സ് ലയിക്കും ഹൃദയത്തില് അന്തർമുഖം നാളെ കാണാൻ പോകും നമ്മള് അന്തർമുഖം അപ്പൊ മനസ്സ് ഹൃദയത്തിൽ ലയിക്കുമ്പോ പ്രാണൻ ഹൃദയത്തിൽ അടങ്ങി ആ പ്രാണൻ ഹൃദയത്തിലടങ്ങുമ്പോ മനസ്സും അതിൻ്റെ കൂടെ അടങ്ങും നാദം ബിന്ദു കല ബിന്ദാണ് അഹം നാദം ആണ് മനസ്സിലുള്ള ചിത്തവൃത്തികളൊക്കെ സങ്കല്പശക്തിയൊക്കെ കല ആണ് പ്രാണൻ കലയും ും മൂലമായ ബൈന്ദവ സ്ഥാനത്തില് ബിന്ദുവില് അടങ്ങി അതാണ് ബിന്ദു തർപ്പണ സന്തുഷ്ട എന്ന് പറയുന്നത് ബൈന്ദവാസന ആ ബൈന്ദവാസന ആ ബിന്ദുസ്ഥാനത്തിൽ ഹൃദയത്തിൽ പോയി പ്രാണനും മനസ്സും കൂടെ അങ്ങോട്ട് ലയമാകുമ്പോൾ സർവദ്വാരാണി സംയമ്യ കണ്ണ് തുറന്നിരുന്നാലും കാണുന്നില്ല ചെവി തുറന്നിരുന്നാലും കേൾക്കുന്നില്ല മൂക്കിലൂടെ മണമില്ല നാവിലൂടെ രുചിയില്ല ത്വക്കിലൂടെ സ്പർശമില്ല ഹൃദയത്തിലെ ചിദാനന്ദരസമാണ് ചിദനുഭവമാണ് ശുദ്ധ സ്വാത്മാനന്ദലവീഭൂതബ്രഹ്മാദാനന്ദസന്തതിരാപ്രത്യക്ഷിതീപ പശ്യീ പരദേവത അവിടെ പരാ പരാരൂപമാണ് ഹൃദയത്തിൽ അടക്കി പ്രാണന ഹൃദയത്തിൽ നിന്നും നൂറ്റിയോരു നാടികൾ ശരീരത്തിൽ മുഴുവന് വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ഇതൊക്കെ കുറച്ച് സയൻസ് പറയണുട്ടോ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് വരട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യോഗശാസ്ത്രമാണ് ആത്മവിദ്യ പറയുന്നത് ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് ചെലപ്പോ പിടികിട്ടിയേക്കാം പക്ഷെ ഇതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് പിടികിട്ടില്ല എന്നുള്ള കാര്യം എങ്കിലും ഈ ശാസ്ത്രത്തിന്റെ ഗാംഭീര്യം ഒന്ന് കാണണം അൺസീൻ റോഡ്സ് ആണതൊക്കെ പുറമേക്ക് കാണുന്ന റോഡല്ലല്ലോ അപ്പൊ ഉപനിഷത്ത് പറയാണ് ശതം ഐക ഹൃദയ എന്നാണ് ഹൃദയത്തിൽ നിന്നും നൂറ്റിയൊന്ന് നാടികള് ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഈ നാടികള് യോഗികൾക്ക് ദർശനമാണ് അതിൽ ഒരു നാടി താ ഹൃദയസ്ഥാനത്തിൽ നിന്നും അമൃതനാടി എന്നതിന് പേര് അമൃതനാടി ആത്മനാടി സുഷുമന ഒക്കെ പേര് ആ നാടി ഹൃദയസ്ഥാനത്തിൽ നിന്നും ബ്രഹ്മരന്ധ്രത്തിലേക്ക് പോകുന്നു അത് പൊതുവെ എല്ലാരിലും ക്ലോസ്ഡ് ആയിട്ടിരിക്കും എന്നാണ് മൂടിക്കിടക്കും അടഞ്ഞു കിടക്കും തുറക്കപ്പെടില്ല അത് തുറക്കാത്ത വാതിലാണത് ആ ദ്വാരം യോഗികൾക്ക് മാത്രം തുറക്കപ്പെടുന്ന ക്രമമുക്തിയുടെ സൂക്ഷ്മമായ പന്ത്രമാണ് പന്ഥാവാണ് അതാണ് മനോമയം സൂക്ഷ്മം രൂപം ഉപേത്യ സുഷുമനയാ പ്രയാതി എന്നൊക്കെ ഭാഗവതത്തിൽ വരുന്നത് സൂക്ഷ്മമായ മനോമയമായ രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ സുഷുമനാ ഒരു സഞ്ചാരം ഒരു ടേക്ക് ഓഫ് സൂക്ഷ്മ മാർഗമാണത് ആ സൂക്ഷ്മ മാർഗം ബഹിർദൃഷ്ടികളായിട്ടുള്ളവർക്ക് വേദ്യമേ അല്ല നമ്മൾ ഭക്തിയോട് പരമാദരവോടുകൂടെ ആ മാർഗത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാമത്രേയുള്ളൂ ഭഗവാൻ ഒരു കാര്യം പറയണ്ടേ നീ ഒന്നും അറിയണ്ട ഈ ഒരു മാർഗമുണ്ട് നീ പാസ്പോർട്ട് വിസ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല സദാ സഹജമായിട്ട് എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നോളൂ ശരണാഗതി ചെയ്തോളൂ ഈ മാർഗം നീ അവസാനം കാണും ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ശരണാഗതിയുടെ മാർഗമാണ് ശരണാഗതി ചെയ്ത ഭക്തൻ ഈസ് നോട്ട് അയാൾ റെഡി ആയിട്ടിരിക്കുകയാണ് അടങ്ങിക്കൊടുത്ത ആ പരമേശ്വരന്റെ കയ്യിൽ യന്ത്രമായിട്ടിരിക്കുമ്പോ ആ മഹാശക്തി കൂട്ടിക്കൊണ്ടുപോകുന്നു ഒരു ഡയറക്റ്റ് ട്രെയിൻ ഉള്ളിലൂടെയുള്ള യാത്രയാണത് ആ സൂക്ഷ്മ പദ്ധത്തിനെ ഭഗവാൻ ഇവിടെ പറയണു മൂർധിനി ആദായ ആത്മന പ്രാണം എന്നാണ് ഹൃദയത്തിൽ നിന്നും മൂർധാവിലേക്ക് പ്രാണൻ സഞ്ചരിക്കുന്ന സൂക്ഷ്മ മാർഗം സൂക്ഷ്മപഥം രശ്മികളുടെ മാർഗമാണെന്നാണ് പ്രകാശത്തിന്റെ മാർഗമാണ് ദേവയാനം എന്ന് പറഞ്ഞു ദേവന്മാരുടെ സഞ്ചാരപഥമാണത് എന്നാണ് നമുക്ക് ഇവിടുന്ന് സ്പേസിലേക്ക് പോകണതൊക്കെ മനസ്സിലാവേണ്ടല്ലേ ഈ ഉള്ളിലുള്ള സ്പേസിൽ എന്തുകൊണ്ട് ഇതൊന്നും സ്വീകരിച്ചു കൂടാ ഉള്ളിലുള്ള സ്പേസ് വെളിയിലുള്ള സ്പേസ് എന്നൊക്കെ നമ്മൾ വെറുതെ പറയണം സൂക്ഷ്മ മാർഗം ഉള്ളൂ നമ്മളുടെ നമ്മളുടെ ഭാവന ഈ കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ ഡൈലൂട്ടായിട്ട് കുറച്ചുകൂടെ സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് ആ സൂക്ഷ്മ പഥം വേദികവേദ്യമാണ് അതാണ് ആചാര്യസ്വാമികൾ പറയണത് ഇത്തരം കാര്യങ്ങളിൽ വേദം മാത്രമാണ് പ്രമാണെന്നാണ് നിങ്ങളുടെ യുക്തിയൊന്നും പ്രമാണമല്ല നിങ്ങൾ യാത്ര ചെയ്യാത്തത് നിങ്ങളുടെ അനുഭവം പ്രമാണമല്ല നിങ്ങളുടെ ബാഹ്യമായ പുസ്തകങ്ങളോ പ്രമാണമല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ശരീരം വിട്ടു കഴിഞ്ഞു കഴിയുമ്പോ മുമ്പ് നിരൂപണം ചെയ്തു നിശ്ചയം ചെയ്തു ജീവനെ ീ ജീവൻ പ്രാണനോടുകൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്ന് നിശ്ചയിക്കുന്ന പഥമാണിതൊക്കെ ഈ പഥത്തിനെയാണ് ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്യണത് മൂർധിനി ആദായ ഈ പ്രാണനെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷ്മ മാർഗത്തിലൂടെ യോഗി കൊണ്ടുപോയി എന്ന് പറഞ്ഞു യോഗധാരണ അത് യോഗധാരണയാണ് ധരിച്ചു എവിടെ എന്നിട്ട് എന്ത് ചെയ്തു ഓം ഇത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ അയാൾ എന്ത് ജപിക്കുന്നു ഓം ഇത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ പ്രണവം പൊതുവെ എല്ലാവർക്കും വിധിക്കാത്തതാണ് യോഗി ജീവിതത്തിൽ പ്രണവം തന്നെ അഭ്യസിച്ചവനായതുകൊണ്ട് അയാള് യതിയായതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്നു സൂര്യദ്വാരണത്തെ വിരജാ പ്രയാതി എത്രാമൃത പുരുഷോ അവരെന്ത് ചെയ്യുന്നു തപസ്സോടുകൂടെ വനങ്ങളിൽ യോഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ദ്വാരമാണ് സൂര്യദ്വാരം എന്ന് പറഞ്ഞു ശുദ്ധ പ്രണവം എല്ലാവർക്കും ലഭിച്ചിട്ടില്ല ഇന്നത്തെ കാലത്ത് ഇപ്പൊ സർവാണി ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ രുചിക്കില്ല ഞാൻ പ്രണവം ചെയ്ത് ജപിച്ചാൽ എന്താന്ന് ചോദിക്കും എല്ലാവർക്കും സന്യാസികൾക്കാണ് ശുദ്ധ പ്രണവത്തിന് അധികാരം എന്തുകൊണ്ടെന്ന് വച്ചാൽ സർവസംഘ പരിത്യാഗികളാണ് അവർക്ക് വിഷമമില്ല ദ ആർ റെഡി ഫോർ ദ ടേക്ക് ഓഫ് നമ്മളെ ഇപ്പൊ വിളിച്ചാൽ ബുദ്ധിമുട്ടാവും അനസ്തീഷ്യ ഇല്ലാതെ സർജറി ചെയ്യുന്ന പോലെയാണ് വേദനിക്കും അതുകൊണ്ടാണ് ഋഷികൾ പറയണത് നിങ്ങളുടെ നാമമൊക്കെ ജപിച്ചോളൂ പ്രണവത്തിനോട് കൂടെ നാമമൊക്കെ ചേർത്ത് ജപിച്ചോളൂ നാമമൊക്കെ ജപിച്ചോളൂ ശുദ്ധ പ്രണവം വേണ്ട എന്ന് പറയാൻ കാരണം യോഗമാർഗത്തിലെ ചിലതാണത് ചില കാരണങ്ങൾ കൊണ്ടാണ് അല്ലാതെ ഇന്നവർക്കേ പാടുള്ളൂ ഇന്നവർക്ക് പാടില്ല വർഗീകരണമൊന്നുമല്ല അത് നമ്മളോട് കരുണ കൊണ്ട് അവര് പറയാണ് ഏഹ് നീ വെറുതെ ഒന്നും മൂച്ചടക്കി പിടിച്ച് വെറുതെ പ്രണവം ജപിക്കാനൊന്നും പുറപ്പെടരുത് യോഗികൾക്ക് അവസാനം പോവാനുള്ള ടിക്കറ്റാണത് ഉം അതുകൊണ്ട് സന്യാസികൾക്ക് പ്രണവ ജപമുണ്ട് വിധിയുണ്ട് അതിൽ പോലും പല സന്യാസികൾക്ക് സാധിക്കില്ല നമ്മൾ പറയുമെങ്കിലും അനുസ്യൂത പ്രണവം മാത്രം ജപിച്ചിരിക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ അത്ര കണ്ട് ചൂട് ശരീരത്തിൽ ഉണ്ടാവും മന്ത്രശാസ്ത്രമാണ് അത്ര കണ്ട് ചൂട് ശരീരത്തിൽ ഉണ്ടാവും താങ്ങാൻ പറ്റില്ല സഹിക്കാൻ വയ്യ ഇതാവും അതുകൊണ്ട് അത്ര കണ്ട് അവർ തയ്യാറായിരിക്കണം അത്രകൊണ്ട് ലൈറ്റ് പാസഞ്ചേഴ്സ് ആയിരിക്കണം അപ്പോഴേ പ്രണവത്തിനൊക്കെ അവർ അധികാരികളാവുള്ളൂ എന്നൊക്കെയാണ് മന്ത്രശാസ്ത്രം അപ്പോട്ടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ വേറെ എന്തെങ്കിലും വെച്ചോണ്ട് പറയണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഞാൻ പ്രണവം ജപിക്കാൻ പാടില്ലേ ജപിച്ചോളൂ അത്രേ പറയുള്ളൂ ഞാൻ ഗായത്രേ ജപിക്കാൻ പറ്റില്ല ജപിച്ചോളൂ എന്ത് വേണമെങ്കിലും ജപിച്ചോളൂ അങ്ങനെ പറഞ്ഞാൽ അധിക ദിവസം ഒന്നും ചെയ്യില്ല ഇത് വെറുതെ വാശിക്ക് ഞാൻ ചെയ്യാൻ പാടില്ലേന്ന് ചോദിക്കാണ് ചെയ്തോളൂന്ന് പറഞ്ഞാൽ നാല് ദിവസം ചെയ്തിട്ട് വിടും അത്രത്തേ എവിടെ ചെയ്യാൻ പോകണം അവനവന് ഓരോ മാർഗം കിട്ടും ആ മാർഗത്തിൽ മുന്നോട്ട് പോവാം ഇവിടെ യോഗികളുടെ പ്രയാണ പദ്ധതി പറയാണ് നമുക്കതിനെ അധികാരം സിദ്ധിച്ചു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഗുരുമാർഗം ഉപദേശമായിട്ടോ ആ സമയമായി നമുക്ക് പക്വമായി നമുക്ക് സിദ്ധിച്ചാൽ യാതൊരു വിഷമല്ല പിന്നെ അത് തന്നെ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ മാമനുസ്മരൻ എന്ന് വെച്ചാൽ അന്തര്യാമി ആ പ്രണവം കൊണ്ട് കുറിക്കപ്പെടുന്നതായ അക്ഷരത്തിന് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്ന ഇരുപ്പ് ആത്മാവനെ സ്മരിച്ചുകൊണ്ട് യഹ് പ്രയാതി അയാളെ ശരീരത്തിനെ വിടുകയാണ് ശരീരത്തിനെ പാമ്പ് അതിന്റെ പുറംചട്ടെ അഴിച്ചിട്ടിട്ട് പോയിട്ടുണ്ടാവും അല്ലേ പല സ്ഥലങ്ങളും നമ്മൾ കാണും ഏഹ് പാമ്പ് ഇതാ പാമ്പിന്റെ ചട്ട കിടക്കണോന്ന് പറയും പല കാനറ്റിന്റെ കരയിലും അതിലിന്റെ മേലെയൊക്കെ കാണും അതുപോലെ യോഗി ഇവിടെ ശരീരത്തിന് ഇട്ടിട്ട് പോകുന്നതാണ് അഹിർ നിർവൈനിസ് ഒരു മൺകുനയുടെ മുകളിലോ ഒരു പുറ്റിന്റെ മുകളിലോ ഒക്കെ പാമ്പിന്റെ ചട്ട കിടക്കണ പോലെ യോഗി ശരീരത്തിനെ ഇവിടെ ഇട്ടിട്ട് അങ്ങടെ പ്രയാതാണ് പുറപ്പെടുന്നതാണ് ത്യജൻ ദേഹം അവൻ എന്താവുന്നു സയാതി പരമാം ഗതി അവൻ പരമമായ ഗതിയെ പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോ അർജുനൻ നമ്മളെ പോലെ തന്നെ വായു പൊളിച്ചിരുന്നു പോയി അർജുനൻ പറഞ്ഞു ഭഗവാന് ഇതൊക്കെ ഇപ്പൊ എനിക്ക് പറ്റുമോ പേടിക്കണ്ട അർജുന അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശ നിത്യുക്തസ്യ നമ്മുടെ ആശ്രമത്തില് ഒരു കഥ പറയാം നമ്മുടെ ഭഗവാന്റെ പാർശ്വതന്മാരില് അനേകം ഭക്തന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ കഥകൾ ഇപ്പൊ പുസ്തക രൂപത്തില് വന്നിട്ടുണ്ട് അതൊക്കെ കുറച്ചൊക്കെ കേട്ടാലേ നമുക്ക് ശാസ്ത്രമൊക്കെ മനസ്സിലാവുള്ളൂ അതില് ചിദംബരത്തിൽ നിന്നും നടേശയർ എന്ന് പറഞ്ഞ ഒരാള് എന്തോ വൈരാഗ്യം വന്നു അവിടുന്ന് പോന്നു തിരുവണ്ണാമലയ്ക്ക് ഭാര്യയുടെ അടുത്ത് ചണ്ടകൂടി പുറപ്പെട്ട് വന്നതാ എന്തോ ഒരു കാരണം നടന്നു വന്നു ചിദംബരത്ത് നിന്ന് അരുണാചലത്തിൽ വന്നു എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കണം അന്നത്തെ കാലത്ത് അവിടെ ജനവാസം ഇല്ലാത്ത സ്ഥലമാണ് അരുണാചലേശ്വര കോവിലെ ചന്ദന അരച്ചോടും അതാണ് പണി ചന്ദന അരച്ചോട് അതുകൊണ്ട് ഭക്ഷണം കിട്ടും എന്തെങ്കിലും ഇത്തിരി പൈസയും കിട്ടും അവിടെ ആ പണിയൊക്കെ ചെയ്ത് ഗിരിപ്രദക്ഷിണ ചെയ്യാൻ പോകുമ്പോൾ രമണ ഭഗവാനെ കണ്ടിട്ട് പോകും ഇങ്ങനെ തുടങ്ങിയതാണ് ആ ജീവിതം ആശ്രമത്തിൽ വരും മഹർഷിയെ കാണും ഒന്നും സംസ്കൃതം അറിയില്ല എഴുതാൻ വായിക്കാൻ പോലും കാര്യമായിട്ടൊന്നും അറിയില്ല മഹർഷി വന്ന് കാണും പ്രദക്ഷിണം കഴിഞ്ഞു കുറെ ദിവസം കഴിഞ്ഞ് ചന്ദന അരച്ച് ചന്ദന അരച്ച് ഏറ്റവും മനക്കെട്ട പണിയാണല്ലോ കൈവറിക്കാൻ തുടങ്ങി അപ്പൊ ആശ്രമത്തിൽ വന്ന് ചോദിച്ചു ഞാനിവിടെ അടുക്കള പണിയൊക്കെ ചെയ്തോളാം നല്ലവണ്ണം പാചകം ചെയ്തോളും പാചകത്തിന് സഹായമായിട്ടൊക്കെ നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്പലത്തിലെ പണി വിട്ട് ആശ്രമത്തിൽ വന്നു അവിടെ നല്ല പണിയുണ്ടാവും അടുക്കളയില് ധാരാളം പണിയുണ്ടാവും നല്ല പക്വികളായ നല്ല വിൽ പവറുള്ള കുറെ സ്ത്രീകൾ വയസ്സായ പാട്ടിമാർ മുത്തശ്ശിമാരാണ് വൃദ്ധകളാണ് അടുക്കള പണിയൊക്കെ ശാന്തമ്മ പാട്ടിയും സമ്പൂർണ പാട്ടി ശങ്കരമ്മ പാട്ടിയും എല്ലാം ഒക്കെ പാട്ടിമാരാണ് വൃദ്ധമാർ അവര് നല്ല പണം പണിയെടുപ്പിക്കും അദ്ദേഹത്തിന് അദ്ദേഹം പറയും പ്രാരബ്ദത്തിന്ന് രക്ഷപ്പെടാൻ നോക്കാനേ പാടില്ല ഒരു പൊമ്മനാട്ടിട്ട് വെളിയിലൊക്കെ കുതിച്ച് നാലുപേർ കിട്ട മാട്ടോട്ടേ നല്ലവണ്ണം പണിയെടുക്ക എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ രമണ ഭഗവാന്റെ മുമ്പിൽ വന്നിരിക്കും അടുത്ത് വന്നിരിക്കും അവിടെ നടക്കുന്ന സംവാദങ്ങളിലൊക്കെ പാർട്ടിസിപ്പേഷൻ വായിപൊളിച്ചിരിക്കും അത്ര തന്നെ ഒന്നും മനസ്സിലാവില്ല ടോക്സിൽ തന്നെ വരണ്ട അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്തൊക്കെയോ ശാസ്ത്രം പറയണോ ഗീത പറയണു ഉപനിഷത്ത് വേദാന്തമൊക്കെ പറയണോ എനിക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ഭഗവാൻ ഒന്നും തെരിയില്ല എന്ന് തിരിയരുതോ അല്ലയോ ഒന്നും അറിയണില്ലാന്ന് അറിയണ്ടല്ലോ അല്ലേ അത് ആർക്കറിയണമെന്ന് നോക്കൂ അത് മതി എന്തോ സമാധാനായി എപ്പോഴും ഓം ഓം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് വല്ല സാധനം ചോദിച്ചാൽ പോലും ഓം എന്ന് പറയും ജീവൻ അവ്യക്തമായി പക്വപ്പെടും ദേഹം അവ്യക്തമായി പക്വപ്പെട്ട ഒരാളാണ് ദേഷ്യം വരും ഒരുപാട് ദേഷ്യം വരും എന്താന്ന് വെച്ചാൽ ഒരുപാട് പണി കൊടുത്തു ദേഷ്യം വെച്ച് പാത്രം ചോട്ടിൽ വെച്ചിട്ട് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളും അരുണാചല ശിവ ഒരു പറഞ്ഞു ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കിടന്ന് പിഴയണമല്ലോ ദേഷ്യം തീർക്കാനും മണ്ണ് കിടന്ന പെരലാണ് അതെ ഭഗവാൻ എടുത്തു പോയി ചോദിക്കൂ ദേഷ്യം വന്നാൽ എങ്ങനെ കൺകർ ചെയ്യണം എന്ന് ചോദിക്കും അത് നല്ല ആശയം ചോദിക്കാന്ന് വന്നിട്ട് ഒരു ദിവസം ദേഷ്യം വന്നത് നേരെ ആളുടെ ഉള്ളിൽ പോയി നോക്കൂ ഈ ചോദ്യം ചോദിക്കാനുള്ള അധികാരം പോലും നമ്മളുടെ കയ്യിലില്ല അനുശാസിതാരംന്ന് നമ്മൾ പറഞ്ഞില്ലേ അന്തര്യാമിയായി ആള് തീരുമാനിക്കണം എന്ത് ചോദിക്കണം നേരെ ഉള്ളിൽ പോയ ആള് ഭഗവാനെ ഭഗവാനെ ഗിരിപ്രദക്ഷിണം പോയി വരട്ട്മാ ഭഗവാനെ ദേഷ്യമെന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ പോയ ആളാണ് ഗിരിപ്രദക്ഷിണം ബോട്ടേന്ന് ചോദിച്ചു പോയിട്ട് വരുമെന്നു പറഞ്ഞു അപ്പൊ വേറെ ചോദ്യം ഒന്നുമില്ല പ്രദക്ഷിണം പോയി പ്രദക്ഷിണം പോയിട്ട് വരുമ്പോ പിന്നെ എവിടെ ദേഷ്യം ഉണ്ടാവാൻ എത്ര നേരം ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റും തിരിച്ചു വരുമ്പോഴേക്കും ദേഷ്യമൊക്കെ പോയി അപ്പൊ പിന്നെ ഓരോരുക്ക് കോപം വരുമ്പോഴും പ്രദക്ഷിണം പോവും പിന്നെ മൂപ്പർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂപ്പരെ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ ദേഷ്യം വരിക അത് എവിടെയൊന്നും പഠിച്ചു എന്നറിയില്ല ഒരു ടെക്നിക്ക് ആരെങ്കിലും ഒക്കെ നടേശയ്യർ ഉടവ എപ്പോഴും ചൊല്ലാതെ അയ്യാ അവനു കൊണ്ടും തരികതിന്ന ആരെങ്കിലും നിങ്ങളെ കുറ്റം പറഞ്ഞാൽ അവനൊന്നും അറിയില്ല എന്നാണ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ അയാളെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടെന്നർത്ഥം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനമായിക്കോളൂന്ന് അർത്ഥം ഇയാളെ ആരും കാര്യമായിട്ട് ഗണിച്ചില്ല ഒരു യോഗിയോ ഭക്തനോ ആയിട്ടൊന്നും ഗണിച്ചില്ല ഒന്നും അറിയാത്ത മനുഷ്യൻ മഹർഷിയുടെ സമാധിക്ക് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം എല്ലാരുടെ അടുത്തും എല്ലാരുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല ഒരു ദിവസം ആശ്രമത്തിലെ ഇൻചാർജായിട്ടുള്ള ഒരു ഭക്തനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പാർ ഇണക്ക് പതിനാറാമത് നാൾ ഭഗവാൻ എന്നെ കൂട്ടിന് പോകാറപ്പോ ി പതിനാറാമത്തെ നാള് ഭഗവാൻ എന്നെ വിളിച്ചോണ്ട് പോകാൻ പോണു ഞാൻ പോവും ഓഹ് സീരിയസ് ആയിട്ട് തമാശ ചിരിച്ചു അടുത്ത ദിവസം പറഞ്ഞു പതിനഞ്ചുനാൾ ഇതിങ്ങനെ പത്ത് നാളായി പന്ത്രണ്ട് നാളായി പത്ത് നാളായി ഒമ്പത് നാളായി എട്ട് നാളായി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ വന്നു അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ച് ശരീരത്തിന് ഒത്തിരി ക്ഷീണുണ്ട് ഇനിയിപ്പൊ നമ്മള് നോക്കിയില്ലാന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഒരു ഭക്തനെ വെച്ച് കാറിൽ കയറ്റിയിട്ട് മഡ്രാസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഒക്കെ ചെയ്തു ആ കൂട്ടിക്കൊണ്ടുപോയ ആളിപ്പോഴും ഉണ്ട് അവിടെ സന്യാസി ആയിട്ടുണ്ട് ഗുരുവാശ്രമത്തിലെ ശേഷാദ്രീൻ പേര് അദ്ദേഹം കാറിൽ കൂട്ടിക്കൊണ്ടുപോയി വന്നിപ്പോ അദ്ദേഹം നല്ല വയസ്സായ ഒരു സ്വാമി അവിടെയുണ്ട് അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടുപോയത് ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്ത ഒന്നും ഒരു കുഴപ്പമില്ല തിരിച്ചു വരുമ്പോ പറഞ്ഞു അടേ ശർ ഉങ്ങൾക്ക് ഒന്നും കടയാതെ ഒരു പ്രോബ്ലം ഇല്ലേ അവനക്ക് തരിയാതെന്നാ അതൊന്നും തരിയാത് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വരാൻ പോകുന്നു പ്രോബ്ലം പ്രോബ്ലം എന്ന് പറയണോന്നി ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരാൻ പോണു എനിക്കെന്ത് പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ലേ ഇനി ആറാമത്തെ ദിവസം ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോവാൻ പോകണം എന്ത് പറഞ്ഞാലും കേൾക്കണില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ഇനി നൂറ് വയസ് ഇരിക്കും ഉനക്കൊന്നും തരിയാതിനാ നിങ്ങൾക്ക് ഒന്നും അറിയില്ല ആറാമത്തെ ദിവസം ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോണം ഇങ്ങനെ പറഞ്ഞ ആറു ദിവസം അഞ്ചു ദിവസം നാല് ദിവസം മൂന്ന് ദിവസം അവസാനത്തെ രണ്ടു മൂന്ന് ദിവസം ആഹാരം കഴിക്കലൊക്കെ നിർത്തി വെള്ളമോ പാലോ ഒക്കെ മാത്രം കുടിച്ചു തലേ ദിവസം ആശ്രമത്തില മുമ്പ് ആദ്യം ഏത് ഭക്തൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നാളെ ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ പോകും നാളെ രണ്ടു മണി രണ്ടു രണ്ടു മണിക്ക് വന്നുടു എന്തോ പാർട്ടിക്കൊക്കെ വിളിക്കണ പോലെ രണ്ടു മണിക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു ഈ ഭക്തൻ ശരി ശരി അടേ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പോയി ഓഫീസിൽ ജോലിയൊക്കെ അടുത്ത ദിവസം ഉച്ചക്ക് കാശ്വലായിട്ട് തോന്നിയതാണ് അന്ന് രാവിലെ പോലും കണ്ടിട്ടുണ്ട് രാവിലെ വന്നപ്പോ രണ്ടു മണി മറക്കണ്ട എന്ന് പറഞ്ഞു ഉച്ചക്ക് രണ്ട് മണിക്ക് ഓഫീസ് അടച്ചിട്ട് അദ്ദേഹം കിടക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ശരി എന്തായാലും പോയി നോക്കാന്ന് പറഞ്ഞ് പോയതാണ് അദ്ദേഹം കിടക്കണ്ടേ ഭഗവാൻ വന്നിരിക്കാറ് ഗണേശ ഭഗവാൻ ഇരിക്കണുദാ എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ വന്നിരിക്കണം തരികതാ തെരിയലീ ഞാൻ അടേശ് ഇതും ശരീരമാണ് ടു തേർട്ടി ഗംഭീരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപ എഴുപതുകളാണ് ഇയർ എനിക്ക് ശരിക്കും ഓർമ്മയില്ല അപ്പൊ അതേപോലെ വാൾട്ടർ കീഴ്സ് എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ അമേരിക്കൻ അദ്ദേഹം മഹർഷിയുടെ പാർശ്വന്മാരിൽ ഒരാളാണ് അദ്ദേഹം ലാസ്റ്റ് ഡേ തന്റെ ഡ്യൂട്ടീസ് തന്റെ ഫോളോവേഴ്സിനെയൊക്കെ വിളിച്ച് എല്ലാവർക്കും ഒരു ടോക്കൊക്കെ കൊടുത്ത് ഒരു ടീ പാർട്ടിയൊക്കെ കൊടുത്ത് എല്ലാവരോടും പറഞ്ഞു ഞാനിന്ന് ശരീരം വിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭഗവാന്റെ ഫോട്ടോന് മുമ്പിൽ തലയണയൊക്കെ വെച്ച് കിടന്ന് ശരീരം ഇട്ടു ഇച്ഛാ മൃത്യു അതവർക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഡെമോൺസ്ട്രേഷനാണ് ശാസ്ത്രത്തിന്റെ ഡെമോൺസ്ട്രേഷനാണ് എങ്ങനെ ഭഗവാനോട് പറഞ്ഞോ അതുപോലെ യോഗികൾ ശരീരം വിടാൻ ഒക്കുവോ എന്നു വിവേകാനന്ദ സ്വാമികൾ ഏകദേശം അതേപോലെയാണ് ഒരു നാലഞ്ചു ദിവസം മുമ്പ് തന്നെ ദ്വാദശി ഒക്കെ നോക്കി ഏകാദശി ദ്വാദശി തിഥിയൊക്കെ എടുത്ത് പഞ്ചാംഗത്തിലെടുത്ത് നോക്കി അന്നത്തെ ദിവസം വൈകുന്നേരം അവർക്ക് ശാസ്ത്ര പാഠമൊക്കെ എടുത്തു എന്നിട്ട് ആരത്തേക്ക് ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞു അയച്ചു ഒരു ശിഷ്യൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കുവെന്ന് പറഞ്ഞു ഇരുന്നു ജപമാല എടുത്ത് ജപം ചേർത്തു എന്നിട്ട് കിടന്ന് തലയിൽ വീശാൻ പറഞ്ഞു തലയിൽ വിശറി കൊണ്ട് വീശിക്കൊണ്ടേയിരിക്കും ശരീരം വിധൃതി പളർന്ന് അല്പം രക്തം പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഈ വിധൃതി അണ്ണാക്കിന്റെ ചുവട്ടെന്ന് മേലേക്കുള്ള യാത്രാ മാർഗം എന്ന് തൈത്തരികോപനിഷത്തിലുണ്ട് ഇതൊക്കെ യോഗികളുടെ മാർഗമാണ് ഭഗവാന് ശരണാഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗികൾ ചിലപ്പോൾ പ്രകൃതി ലീന പുരുഷന്മാർ ലോകത്തിൽ വന്ന് ജനിക്കുമ്പോഴും ഈ പഥത്തിലൂടെ തിരിച്ചു പോവും മനസ്സിലാവൂ മനസ്സിലാവും എന്തെങ്കിലും കാര്യമായിട്ട് ഈ ലോകത്തിൽ വന്ന് ജനിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് തിരിച്ചു പോകുന്ന ആളുകളുണ്ട് അവരാണ് പ്രകൃതി ലീന പുരുഷന്മാരെന്ന് പറയണത് ബ്രഹ്മസൂത്രത്തിൽ തന്നെ ആചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ ഇതൊക്കെ പറയണ്ട് യാവത് അധികാരം ആധികാരികാണാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എത്ര കണ്ട് നിയതി കൊടുത്തിട്ടുണ്ടോ എത്ര കണ്ട് അവർക്ക് ഒരു പവർ കൊടുത്തിട്ടുണ്ടോ ആ പവറിന്റെ ഉള്ളിൽ ഇരുന്ന അവർ ചില പ്രവൃത്തി അവരുടെ ഒന്നും പവർ അല്ലാതെ ആ ഈശ്വരൻ തന്നെ അവർക്കൊരു നിയമനം ചെയ്ത് വിട്ടിട്ട് അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർ വന്ന മാർഗത്തിലൂടെ വിഡ്രോ ചെയ്ത് പോകും ഇവരെയാണ് നമ്മൾ പൊതുവെ അവതാരപുരുഷന്മാരായിട്ടൊക്കെ കാണുന്നത് എന്നുവെച്ചാൽ ദ ആർ ഗിവൺ ദ പവർ ഓഫ് നേച്ചർ അവർക്ക് തന്നെ അറിയില്ല ആ പവർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പക്ഷെ അവർ വന്ന് ലോകത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് വന്ന വഴിയെ തിരിച്ചു പോകും രമണ ഭഗവാന്റെ മഹാസമാധി സമയത്ത് ബാഹ്യമായിട്ട് എന്താ കണ്ടു ജ്യോതി അല്ലേ അഗ്നി സ്തംഭം അതുപോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ എത്രയോ മഹാത്മാക്കൾ പോയിട്ടുണ്ട് എന്തിനാണ് ഈ അഗ്നിസ് ഗോളം അദ്ദേഹത്തിന്റെ മരണസമയത്ത് മാത്രം ഒന്ന് കണ്ടത് അഗ്നിസ്പുലിംഗം അതൊക്കെ തന്നെ അപൂർവജന്മങ്ങളുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ശാസ്ത്ര സമ്മതമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ ഇവിടെ ഭഗവാൻ ഒരു പ്രത്യേകമായ ഒരു മരണ ഒരു ശരീരോപ ശരീര വിസർജന മാർഗത്തിന് പറയാണ് ഭീഷ്മരും അങ്ങനെയാണല്ലോ വിസർജൻ ജനാർദ്ദനം ജന്യം വിസർജനാർദ്ദനം ജന്യം ഈ ശരീരത്തിനെ ജനാർദ്ദനെ മുമ്പിൽ കണ്ടുകൊണ്ട് ജന്യമായി ശരീരത്തിനെ വിസർജനം ചെയ്തു നോക്കൂ സർവദ്വാരാണി സംയമ്യ മനോഹൃ നിരുദ്ധ്യജ മൂർധിന് ആധായ ആത്മന പ്രാണിതോ യോഗ ധാരണ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മൻ മാമനുസ്മരൻ സയാദി പരമാം ഈ ഒന്നും അറിയാത്ത നടേശയിലും ഓം എന്ന് ജപിച്ചുകൊണ്ട് തന്നെ ശരീരം വിട്ടുപോയി അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശ ഭഗവാൻ പറഞ്ഞു അന്യ വിഷയങ്ങളിലും മനസ്സ് വിടാതെ ഒരു ദിവസം രണ്ട് ദിവസമല്ല ഓർമ്മ ഓർമ്മയുള്ളപ്പോഴൊക്കെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജീവിതയാവത് ആയുഷ്കാലം ഭഗവത് സ്മരണം ചെയ്തുകൊണ്ടിരുന്നാൽ അർജുന അവന് ഞാൻ വളരെ സുലഭമാണെന്ന് ഞാൻ സുലഭനാണ് തസ്യഹം സുലഭപാർത്ഥ നിത്യയുക്തസ്യോഗ അവൻ നിത്യയുക്തനായ യോഗിയാണെന്ന് വെച്ചാൽ അവൻ കോൺസ്റ്റന്റ് റിക്കളക്ഷൻ ഉള്ളവനാണ് സഹജമായ പ്രേമഗർഭസ്മൃതി അവന്റെ ഉള്ളിലുണ്ട് രാമാനുജാചാര്യരുടെ വാക്കാണ് പ്രേമഗർസ്മൃതി എന്നാണ് ശ്രീരാമാനുജ ഭാഷയത്തില് ഉപയോഗിക്കുന്ന വാക്കാണ് ആ സ്മൃതിയിലെ പ്രേമം ഗുംഭിതമായിട്ടിരിക്കുന്നു പ്രേമഗർഭസ്മൃതിയോടുകൂടെ ഭഗവാനെ സ്മരിച്ചു അങ്ങനെ നിരന്തര സ്മരണ ചെയ്യുന്നവന് ഭഗവാൻ പറഞ്ഞു സുലഭാപാർത്ഥ ഞാൻ വളരെ ാണ് സുലഭമായിട്ട് അവന് എന്നെ കിട്ടും തസ്യഹം സുലഭാപാർഥ നിത്യയുക്ത യോഗിനൊ നമുക്കുള്ള മാർഗാണ് ഭഗവൻ ഇടാതെ ജപിക്ക അതുകൊണ്ടാണ് ഈ നാമജപത്തിനെ കടഞ്ഞെടുത്ത് എല്ലാ ഭാഗവതന്മാരും പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന എളുപ്പമായിട്ടുള്ള വഴി ഉള്ളൂ ഓർക്ക സ്മരിക്ക ഭഗവ ഞാൻ കർത്താവല്ല എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഭഗവാനെ നിരന്തരം നാമം ജപിക്കണത് അപ്പൊ ഭഗവാനാണ് ഉള്ളത് ഭഗവാൻ ഉണ്ട് ഉണ്ട് ഓർത്താൽ മതി ഭഗവൻ നാമത്തിനെ വിടാതെ സ്മരിക്കാം സദാസ്മരണ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഈശ്വരന്റെ കയ്യിൽ കൊടുത്താൽ ഈശ്വരൻ കൊണ്ടുപോയിക്കോളും ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളുന്നത് മാത്രമല്ല നമുക്ക് അധികം വിഷമിക്കാനൊന്നും പറ്റില്ലാന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് സുലഭ വളരെ സുലഭമായ മാർഗത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളും തസ്യഹം നിത്യയുക്തസ്യോഗ്യന പക്ഷെ നിത്യയുക്തസ്യോഗ്യനുള്ളത് തന്നെ വേണം ആവശ്യം വരുമ്പോൾ സ്മരിക്കലല്ല അനുസ്യൂതസ്മരണം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും പ്രഹ്ലാദനതാണ് ചെയ്ത് ആസീന സംബിശൻ തിഷ്ടൻ ശ്രവിപൻ ഭ്രുവൻ നാനുസന്ധത്തേതാനി ഗോവിന്ദ പരിരംഭിത സദാ ഗോവിന്ദനെ ഹൃദയത്തിലുള്ളു കൃഷ്ണനെ ഹൃദയത്തിലുള്ളു സദാ കൃഷ്ണിതര ഗോപാൽ ദുസര നീരാ പറഞ്ഞു എനിക്ക് ഗിരിതര ഗോപാലിനല്ലാതെ വേറെ ഒന്നും അറിയില്ലാന്ന് അങ്ങനെ ഒരു സ്മരണ ഉണ്ടെങ്കിൽ ഇമപ്പൊഴുതും എന്നെങ്കാതാ താഴ്വാഴുക മാണിക്കവാചക സ്വാമികൾ പാടി ഇമപ്പൊഴുതും എന്ന നെഞ്ചിൽ നീങ്കാതാൻ താൾവാഴുക കണ്ണ് ഇമപെട്ടുന്ന ഒരു നേരത്തേക്ക് പോലും ഹൃദയത്തിൽ നിന്നും പരമേശ്വരൻ പിരിഞ്ഞിരിക്കണില്ലാന്ന് ഇമപ്പൊഴുതും എന്ന നെഞ്ചിൽ നീങ്കാതാൻ താൾവാഴുക എങ്ങനെയാ സ്മരിക്കണത് കരന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോലിയുൾ പിറന്ത അറുക്കും എങ്ങൾ പെരുമാൻ നല്ല മധുരമായ സ്മരണം അതിനൊരു ഉപമ പറഞ്ഞതാണ് ഉപമിക്കാൻ വാക്കുകളൊന്നും അതുകൊണ്ട് കരന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോലെ അടിയാർ ചിന്തനയുൾ തേനൂറി നൃു പിറന്ത അറുക്കും എങ്ങൾ പെരുമാൻ അല്ല കറന്നെടുത്ത പാലില് കരിമ്പ് ജ്യൂസ് ഒഴിച്ച പോലെ അതെങ്ങനെയുണ്ടാവും അറിയില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല അത് ഇൻഎക്സ്പ്രസിബിൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ് കറന്താൽ കന്നലോട് നെയ് കലന്താർ പോലെ അതിൽ നെയ്യും ചേർത്ത് ശിരന്ദ അടിയാർ ചിന്തനയുൾ തേനൂറി എന്ന് വെച്ചാൽ മധുരിച്ച് മധുരിച്ച് മധുരിച്ച് മധുരമായ സ്മരണയോടുകൂടിയാണ് പിറന്ത പിറപ്പ് ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ഈ പ്രക്രിയ ഉണ്ടല്ലോ ഇതിനെ വേരോട് വെട്ടിക്കളയുന്നു ആ ഭഗവാൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഭാഗ്യം കിട്ടിയത് എന്ന് പറയുന്നു പുല്ലാകി പൂടായി പുഴുവായി മരമാകി പൽവിരുഖമാകി പരവയായി പാമ്പായി കല്ലായി മനിതരായി പേയായി ഗണങ്ങളാകി വൽ അസുരായിി മുനിവരായേവരായ് സല്ലാ നാവര ജംഗമത്തുൾ എല്ലാ പേ ഇളത്തേൻ എംപെരുമാൻ പൊന്നടികൾ കണ്ടിന് വീടു ഉയവൻ ഉള്ള ഓങ്കാരമായി നെയ്യാവിമലാവിടെപ്പാം വേദങ്ങൾ അയ്യായ ഓങ്കി ആൾന് അക നുണ്ണിയനെ എത്രയോ ജന്മങ്ങൾ പുല്ലായി പൂടായി പുഴുവായി മരമായി മൃഗമായി മുനിയായും ദേവനായും ഒക്കെ ഇരുന്ന് അവസാനം എന്റെ ഹൃദയത്തില് ഓംകാരമായി വിളങ്ക പ്രണവ സ്വരൂപത്തില് ഭഗവാൻ ഓമിത്യേ കാക്ഷരം ബ്രഹ്മ ഹൃദയത്തില് പ്രകാശിച്ചു മെയ്യേന്ന് വിളിക്കുകയാണ് ഭഗവാനെ അപ്പൊ ബാക്കിയുള്ളതൊക്കെ പോയി എന്നു എല്ലാം മെയ്യേ മുൻ പൊന്നടികൾ കണ്ട് ഇന്ത് വീടു ഞാൻ ഇന്ന് ഫ്രീ ആയി എപ്പോ മെയ് സത്യസ്വരൂപനായ ഭഗവാനെ ഹൃദയത്തിൽ കണ്ടപ്പോ ഇന്ന് ഫ്രീഡം എങ്ങനെ രക്ഷപ്പെട്ടു എന്റെ ഹൃദയത്തില് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നു കുടിയേറി പാർത്തു എന്നാണ് ഉയ്യവൻ ഉള്ളത്തുൾങ്കാരമായി നിറ മെയ്യാം അങ്ങനെ ഭഗവാനെ നിരന്തരം സഹജമായി സ്മരിക്കുമ്പോ സാതത്യം ഉണ്ടെങ്കിൽ സ്മരണ നിരന്തരമുണ്ടെങ്കിൽ ഞാൻ വളരെ സുലഭാണ് ഭഗവാൻ പാർത്ഥം ഇത്രയും സുലഭമായിട്ടൊരു കാര്യമില്ല ഇത്രയും സൗലഭ്യം വേറെ ഒന്നിലുമില്ല അച്യുതം പ്രീണയത്തോ ബഹു ആയാസോ അസുരാത്മകാഹ അസുരാത്മചാഹ പ്രഹ്ലാദൻ പറയണം ഒരു വിഷമമല്ല അസുര കുട്ടികളെ ആത്മത്വാ സർവഭൂതാനം സിദ്ധത് അവൻ എല്ലാവരുടെ ആത്മാവാണ് എപ്പോഴും കിട്ടിയിട്ടുള്ള വസ്തുവാണ് അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ കിട്ടിയാൽ പിന്നെ എന്താ പിറപ്പറുക്കും എന്ന് പറഞ്ഞുവല്ലോ നോക്കൂ അടുത്ത ശ്ലോകം നോക്കൂ മാമുപേത്യ പുനർജന്മാശ്വതം മാം ഉപേയ പുനർജന് ദുഃഖാശ്വതം നാപ്പി മഹാത്മാന സംസിദ്ധിം പരമാ സംസിദ്ധി എന്ന് വെച്ചാൽ സമ്യക് സിദ്ധി എന്നർത്ഥം നിത്യസിദ്ധമായ ആത്മാവിനെ സിദ്ധിക്കുന്നത് സംസിദ്ധി പുറമേ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് സംസിദ്ധി എന്തോ കിട്ടി ഇത് സമ്യക് സിദ്ധിയാണ് ആത്മസിദ്ധിയാണ് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ നഷ്ടമാവുകയേ ഇല്ല അങ്ങനെ ഒരു വസ്തുവേ ഉള്ളൂ ഭഗവാൻ മാത്രം കാരണം എപ്പോഴും കിട്ടിയിട്ടുള്ള വസ്തുവാണ് കിട്ടുന്ന വസ്തുവല്ല നിത്യസിദ്ധം ആ സംസിദ്ധി കിട്ടിയവൻ അവൻ എന്താ വലിയൊരു ലാഭം പിന്നീ പുനർജന്മ ഇല്ലാന്ന് ദുഃഖാലയം അശാശ്വതം ഭ്രാന്താലയം കേരളത്തിനെ വിളിച്ചു പണ്ട് ദുഃഖാലയം എന്നാണ് വിളിക്കണത് ഭഗവാൻ പറയണത് ഈ ലോകം പടച്ചവൻ തന്നെ പറയണു ഒരു മാനുഫാക്ചർ ഡിഫക്ട് ഇവിടെ ഉണ്ട് എന്നാണ് എന്താ ദുഃഖാലയം അശാശ്വതം ഇവിടെ ദുഃഖം കൂടാതെ കഴിക്കാൻ ആർക്കും സാധ്യമല്ല കൃഷ്ണനും രാമനും ഒക്കെ ജനിച്ച് ദുഃഖിച്ച് കാണിച്ചിട്ടുണ്ട് ഭഗവാനെ എന്തിനാ ജനിച്ച് കൃഷ്ണാവതാരം എന്തിനാ ജനിച്ചത് എന്ന് വെച്ചാൽ കൃഷ്ണൻ പറഞ്ഞ് ജനിച്ചത് വെച്ചാൽ ഒരു കംപ്ലൈന്റും കൊണ്ട് അടുത്ത് വരരുത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ഓരോ പ്രശ്നങ്ങളും നാലിരട്ടി ഞാൻ അനുഭവിച്ചു കാണിച്ചിട്ടാണ് തിരിച്ച് വൈകുണ്ഠത്തിൽ പോയിട്ടിരിക്കുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആറു കുട്ടികളും മരിച്ചു ഞാൻ ജനിച്ച ദിവസം മുതൽക്ക് പൂതന ഭഗൻ ചാണൂരൻ അതിലേതെങ്കിലും ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കില്ല അത്രയും പേര് ദിവസം എൻ്റെ വീട്ടിലേക്ക് വരി വന്നിട്ടുണ്ട് പിന്നെ അവിടെ നേരെ ചൊവ്വ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ പാലാഴി കിടന്നതാണ് അതുകൊണ്ട് ഈ ഭക്ഷണമൊന്നും പോരാതെയാണ് നാല് വെണ്ണ കെട്ട് തിന്നത് അതിന് എത്ര ചീത്ത പേര് അതൊക്കെ കഴിഞ്ഞു പിന്നെ പോയി ഒരു കംസനെ ഒരു നിവൃത്തിയില്ലാതെ കൊന്നു അത് കഴിയുമ്പോഴേക്കും ഈ ജരാസന്ധൻ കൂട്ടം കൂട്ടമായി പടയെടുത്തു വന്നു യുദ്ധം ചെയ്തു എന്തൊക്കെയോ ചെയ്തു അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചു അവനെ കൊല്ലാന് നിവൃത്തിയില്ല ജരാസന്ധന് ഇതൊക്കെ കഴിഞ്ഞു പിന്നെ ഹസ്തനാപുരത്തിൽ പോയി ഈ പാണ്ഡവരുടെ കൂടെ ചേർന്നു അവിടുത്തെ പ്രശ്നങ്ങളൊന്നും പറയണ്ട എച്ചിലടക്കം ഭക്ഷിക്കേണ്ടി വന്നു അവരുടെ കൂടെ യുദ്ധത്തിന് നിൽക്കേണ്ടി വന്നു കുതിര വണ്ടി ഓടിക്കേണ്ടി വന്നു എത്ര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഒന്നും മിണ്ടിപ്പോരുതെന്നാണ് പൊളിറ്റിക്കൽ പ്രോബ്ലം അനുഭവിച്ചിട്ടുണ്ട് ഫാമിലി പ്രോബ്ലം അനുഭവിച്ചിട്ടുണ്ട് ശരി എന്തോ ഒരു കല്യാണം കഴിക്കാമെന്ന് പോയാൽ ഓരോരുത്തർ ഓരോ കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടുന്നു പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ച് എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് അതുകൊണ്ട് ഫാമിലി പ്രോബ്ലം എൻ്റെ അടുത്ത് പറയരുത് ശരി മക്കള് മക്കളൊന്നും ശരിയൂല ഒരു മക്കൻ മകൻ ജനിച്ചപ്പോ തന്നെ ആരോ മോഷ്ടിച്ചോണ്ട് പോയി വേറെ ഒരു മകൻ പെൺവേഷം കെട്ടി മഹർഷികളുടെ മുമ്പിൽ പോയി ശാപും വാങ്ങിച്ചോണ്ട് വന്നു മക്കളെ കുറിച്ച് എന്റെ അടുത്തൊന്നും പറയരുത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും പറയാൻ പറ്റില്ല മക്കളെ കുറിച്ച് അടുത്ത് പറയരുത് ഭാര്യമാരെ കുറിച്ച് അടുത്ത് പറയരുത് ധനത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയരുത് രാഷ്ട്രീയ കാര്യങ്ങളുഖവും അനുഭവിച്ചിട്ട് സേഫ് ആയിട്ട് വൈകുണ്ടത്തിൽ പോയിരുന്നു എന്തിനാന്ന് വെച്ചാൽ ഈ അവതാരം എന്തിനാ ഭഗവാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലയിന്റ് പറയാതിരിക്കാൻ എന്താ ഭഗവാൻ ഈ ലോകം അതല്ല ഞാൻ പറഞ്ഞില്ലേ എഴുതി വെച്ചിട്ടാണ് വന്നിരിക്കണത് ഈ ജോത്സ്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോത്സ്യരെ പണിക്കരേ മകള് ഗർഭിണിയാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടി പറ ആൺകുട്ടിയാണ് എന്നിട്ട് പോണപോക്കില് ഒരു പണി ഒപ്പിച്ചിട്ട് പോകും ആൺകുട്ടിയാണ് ജനിച്ച പണിക്കർക്ക് പേര് പെൺകുട്ടിയാണ് ജനിച്ചത് എന്താ പണിക്കരെ പ്രവചനം തെറ്റിപ്പോയത് അഹ് കട്ടളയുടെ മേലെ ഒരു കടലാസ് ഉണ്ടോ നോക്കും കടലാസ് എടുത്ത് നോക്കിയാൽ പെൺകുട്ടി വെച്ചിട്ടുണ്ട് അത് പറയാൻ പാടില്ലല്ലോന്ന് പറഞ്ഞ് പറഞ്ഞില്ലാന്നാണ് ഇതുപോലെ ഭഗവാൻ പറഞ്ഞു ഞാൻ ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കിക്കൊള്ളൂ എന്നാണ് നിങ്ങൾ പോയി പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞത് ദുഃഖാലയം അശാശ്വതം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ നിനക്ക് ലോകത്തിലുള്ള ബുദ്ധിമുട്ട് വേണ്ടാന്നുണ്ടോ അവിടെ നിങ്ങൾ പോരാ ഭൂർഭുവസ്വർ മഹർ ജനസ്തപ സത്യാക്യ എത്ര ലോകങ്ങൾ വേണമെങ്കിൽ മോളിൽ ഉണ്ട് പൊയ്ക്കൂടാ അതിലൊക്കെ അളവ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും ബ്രഹ്മാവിന്റെ ലോക പര്യന്തം യാത്ര ചെയ്യാം ബ്രഹ്മാവിന്റെ ലോകത്തിൽ ജ്ഞാനം നേടിയും വിമുക്തമാവാം നനക്ക് ഡയറക്റ്റ് ജീവൻ മുക്തി വിദേഹമുക്തി അധികാരമില്ലെങ്കിൽ അവിടുന്ന് ക്രമമുക്തി ആയിട്ടെങ്കിലും മണ്ഡലങ്ങൾ മണ്ഡലങ്ങളായി കടന്നു വരാം എന്തായാലും ഈ ഭൂമിയിലേക്ക് പോവാതിരുന്നാൽ അത്രയും രക്ഷപ്പെട്ടു നഴ്സറി സ്കൂൾ തൊട്ട് പിന്നെയും തുടങ്ങണമല്ലോ അല്ലേ പുനർജന്മ ദുഃഖാലയം അശാശ്വതം വന്നു കഴിഞ്ഞാൽ ഇനിയും ഇനിയും ജടിലമായിക്കൊണ്ടേ ഇരിക്കുകയാണ് ജീവിതം സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് ലോകത്തിൽ ഇരിക്കുന്നത് എത്ര ദുഃഖങ്ങളാണ് എത്ര പ്രശ്നങ്ങളാണ് എല്ലാവരും വിചാരിക്കുന്നത് അവരെയവർക്ക് മാത്രമേ ദുഃഖമുള്ളൂ എന്നാണ് എല്ലാവർക്കും ഇവിടെ ദുഃഖമുണ്ട അതുകൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു ദുഃഖാലയം അശാശ്വതം നിൽ സുഖം വല്ലതും കിട്ടിയാലോ ഇന്നക്ക് നിൽക്കുന്ന നാളേക്ക് നിൽക്കില്ല സുഖമായിട്ടിരിക്കണ്ടോ ഇരുന്നൂടെ കുറച്ചു ദിവസം കഴിഞ്ഞു പോയി അശാശ്വതം ഇവിടെ ഞങ്ങട് പോയാൽ തിരിച്ചു വരണ്ട ആപ്നുവന്തി മഹാത്മാന ജ്ഞാനികൾ തിരിച്ചിവിടെ വന്ന് ജനിക്കണില്ല ആപ്നുവന്തി മഹാത്മാന സംസി പരമാംഗത ഹേ അർജുന എന്നെ പ്രാപിച്ചവര് പുനരപി ജനനം അവർക്കില്ല പുനരപി ജനനം പുനരപി മരണം പുനരപി ജനീ ജേ ശയനം ഇഹ സംസാരുസ്താരൃപയാഹ്യമൊ ആചാര്യസ്വാമികൾ നമുക്ക് വേണ്ടി എഴുതി തന്നൊരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയവരെ മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്പനു മന്തി മഹാത്മാനഹ സംസിദ്ധിം പരമാംഗത ഈ ലോകം ദുഃഖാലയാണെന്ന് പറയണോ എന്ന് വെച്ചാൽ പറയാതെ നിർത്തില്ല കണ്ണു തുറന്നു വെച്ചിട്ടുണ്ട് കുറച്ചുകാല സുഖം മാത്രം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പവർ അറിയലാം കണ്ണു തുറന്നു ലോകത്തിൽ കണ്ട് നടക്കണം ഒരു ചെറുപ്പ വയസ്സ് നല്ല സുഖമായിട്ടിരിക്കണു ഹും പത്തായും പെറും ചക്ക കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും എന്ന് ഉണ്ട വഴുകിയിരിക്ക ഒന്നും അറിയില്ല നമ്മള് വ്യവഹാരത്തിനുള്ളിൽ പെട്ട് കഴിയുമ്പോ പല മേലേക്ക് കയറി വരുമ്പോഴാണ് കണ്ട അറിയണത് അല്ലേ ഏകദേശം വയസ്സായ ആളുകളാണല്ലോ ഏകദേശം എല്ലാവർക്കും അറിയാം ഞങ്ങളൊക്കെ പിന്നെ പലകര പലചരക്ക് കച്ചവടമാണ് എന്നുവെച്ചാൽ എല്ലാവരുടെ ദുഃഖവും കക്കേണ്ടി വരും ഒരുപാട് ആളുകളുടെ ദുഃഖം കക്കേണ്ടി വരും അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ചാൻസ് ഭഗവാൻ തന്നിട്ടുണ്ട് ദുഃഖാലയം അശാശ്വതം പല ദുഃഖം ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നുള്ള മറ്റുള്ള ദുഃഖം എന്തുകൊണ്ടാ ഇങ്ങനെ ഇരിക്കണത് ഈ ലോകമെന്ന് തോന്നും ഭഗവാൻ പറഞ്ഞത്തെ അതിലേക്ക് തിരിഞ്ഞു നോക്കരുത് മാമുപേത്യ എന്നെ നോക്കൂന്നാണ് എന്നെ ഭജിക്കൂ നീ എന്താ അതി ചെയ്യാത്ത അതൊഴിച്ചു ബാക്കിയൊക്കെ ചെയ്തോണ്ട് നടക്കണമല്ലോ നീ എന്നെ ഭജിക്കൂന്നാണ് എന്നെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദുഃഖം നിനക്ക് തരണത്തെ ദുഃഖത്തിന് രക്ഷപ്പെടണമെങ്കിൽ ദുഃഖമില്ലാത്തതായി ഭഗവത് സ്വരൂപത്തിനെ സ്മരിക്കണം സ്വസ്വരൂപത്തിൽ ആത്മാവിൽ ആനന്ദ സ്വരൂപമായ ആത്മാവിനെ അറിയണം സ്വരൂപത്തിനെ അറിയണം അല്ലേ അതിനും പകരം ദുഃഖമറക്കാൻ വേണ്ടി കള്ളുവാങ്ങി കുടിച്ചിട്ട് എന്ത് കാര്യം കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണേ എന്തു ചിട്ടയാ ഓണത്തിന് ഇങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ വരി വരിയായിട്ട് അമ്പലത്തിൽ ഗുരുവായൂർ പോലും ഇത്ര അടക്കത്തോടെ നിൽക്കില്ല അത്ര ഡിസിപ്ലിൻ പശു ഗോഹത്യ ദ്യപാനം മാക്സിമം ഗോഹത്യാ ഇതാണ് സാക്ഷര കേരളം ഗാഡ്സ് ഓൺ കൺട്രി ഭാരതത്തിലെ ഒരിടത്തും ഇത്രയധികം ഗോഹത്യയില്ല ഇത്രയധികം മദ്യപാനല്ല എന്താ കാരണം അത്രയും ദുഃഖണ്ടേ I guess this might be something that is the vuutenants like Malachi people 2017. This man explains the wrong complication, he would feel guilty by this Russian article, when he decided the rich people 2000 bagelter, he would feel guilty as aurer without a subject. Put it. വേറെ വിഷയം ദുഃഖാലയമ ശാശ്വതം ഇവിടെ ദുഃഖം തളം കെട്ടി നിൽക്കണുള്ളില് അന്തരീക്ഷത്തിലേണ്ടത് അതിനെ തീർക്കാനാണ് ഇങ്ങനത്തെ ഉപായങ്ങളൊക്കെ നോക്കണത്തെ മനുഷ്യൻ പല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ നോക്കണത് ഭഗവാൻ പറഞ്ഞു നേരെ ചൊവ്വ ഒരു വഴി പറഞ്ഞുതരാം മാം ഭജസ്വ ഭജസ്വ എന്നെ ഭജിക്കും ഭക്തി ചെയ്യൂ അങ്ങനെ ഒരു ലഹരി പിടിക്കട്ടെ അങ്ങനെ ഒരു ഉന്മാദം പിടിക്കട്ടെ എന്നാണ് അതിന് ഉന്മാദം പിടിക്കണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് മത്ത എന്നാണ് ആ ഉന്മത്തനാവട്ടെ നാമസങ്കീർത്തനം ഭക്തി സദാചാരം അതൊക്കെ വരണമല്ലോ അതൊക്കെ ഭാവമണ്ഡലത്തില് വരട്ടെ അങ്ങനെ ഒരു ലഹരി വേണമെങ്കിൽ ആ ലഹരിയിലേക്ക് അങ്ങനെ തിരിയും കാറൽ മാർക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ശരി ഈ കറുപ്പ് കുടി കഴിച്ചോളൂ നിങ്ങൾ മറ്റേ കറുപ്പ് കഴിക്കാതിരുന്ന അത്രയും നല്ലതാണ് ഇതൊരു കറുപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ മയക്കട്ടെ നിങ്ങൾക്ക് മയക്കാണല്ലോ വേണ്ടത് മയങ്ങ നിങ്ങൾ ഉണരാൻ തയ്യാറല്ലല്ലോ മയങ്ങാണല്ലോ മയങ്ങി കിടക്കാനാണല്ലോ ആഗ്രഹിക്കണത് ഇതെന്തിനാപ്പൊ ഈ ഒരു നശിപ്പിക്കുന്ന മയക്കം ഉയർത്തുന്ന മയക്കായക്കൂടെ ഉന്നമനത്തിനുള്ള മയക്കായക്കൂടെ ദിവ്യമായിട്ടുള്ള മയക്കായക്കൂടെ സ്വപ്നം കാണണമെങ്കിൽ നല്ല സ്വപ്നം കണ്ടുകൂടെ സ്വപ്നവാസവദത്വം എന്നൊരു കാവ്യുണ്ട് അതിൽ പറയും നല്ല സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണോ ഉദയനെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സ്വപ്നമാണെങ്കിൽ സ്വപ്നം തന്നെ മതി എന്നാണ് എനിക്ക് ഇത് സ്വപ്നമാണെന്ന് പറയുകയാണെങ്കിൽ സ്വപ്നം തന്നെ എനിക്ക് എണീക്കേ വേണ്ട സീതാദേവി ഹനുമാൻ മുമ്പിൽ വന്ന് നിക്കുമ്പോ പറ ഇത് സ്വപ്നമാണെങ്കിൽ സ്വപ്നം തന്നെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് എണീക്കട്ട ജാഗ്രത വേണ്ട എന്നാണ് അങ്ങനെ ദിവ്യമായൊരു സ്വപ്നം വരട്ടെ ദിവ്യമായ ഒരു ഭാവമുണ്ടല്ലോ വരട്ടെ അപ്പൊ ദുഃഖാലയം അശാശ്വതം പറഞ്ഞു ഇവിടെ ദുഃഖാലയമാണ് അശാശ്വതമാണ് പരമേശ്വരനായിരിക്കുന്ന എന്നെ പ്രാപിച്ചിട്ട് ആ മഹാത്മാക്കൾ യതികൾ പിന്നെയും ജന്മത്തെ പ്രാപിക്കുന്നില്ല പുനർജന്മം ആധ്യാത്മികാതി സകല ദുഃഖങ്ങൾക്കും എരിപ്പിടമാകുന്നു ആധ്യാത്മികം ആദിദൈവികം ആദിഭൗതികം എന്നുള്ള മൂന്ന് ദുഃഖത്തിനും എരിപ്പിടമാകുന്നു അത് അനിത്യവുമാകുന്നു ഇപ്രകാരമുള്ള ജന്മത്തെ യതികൾ പിന്നെയും പ്രാപിക്കുന്നില്ല അവർ മോക്ഷത്തെ പ്രാ മോക്ഷം എന്ന് പറയപ്പെടുന്ന പ്രകൃഷ്ടസിദ്ധിയെ പ്രാപിച്ചവരാകുന്നു ആ ഭഗവത് പ്രാപ്തി എന്നുള്ള ആ പദം നേടാത്തിടത്തോളം കാലം പുനരാവൃത്തിയുണ്ട് ഉയർന്ന ഏത് മണ്ഡലത്തിൽ പോയാലും എപ്പോഴെങ്കിലും ഒക്കെ ചുറ്റിക്കറങ്ങി തിരിച്ച് ഭൂമിയിലേക്ക് വരണം വീണ്ടും സാധന ചെയ്യണം വീണ്ടും യത്നം ചെയ്യണം പക്ഷേ കർമ്മദേവന്മാരായിട്ട് പോയിട്ട് വന്നിട്ടുള്ളവർക്ക് നല്ല ചാൻസ് കിടക്കും നല്ല നല്ല ചാൻസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് നല്ല കുടുംബത്തിൽ ജനിക്കുകയും നല്ല കുലത്തിൽ ജനിക്കുകയും എവിടെയെങ്കിലുമൊക്കെ സംസ്കാരത്തിനുള്ള വഴിയുണ്ടാക്കുകയും ഒക്കെ ചെയ്യും സാധാരണ മനുഷ്യരുടെ ഇടയിൽ കർമ്മദേവന്മാരൊക്കെ വന്ന് ജനിക്കും എന്നാണ് പറയാ ദേവതകളും ഒക്കെ വന്ന് മനുഷ്യരായി ജനിക്കുമ്പോൾ വിശേഷമായ ഭാവം അവരുടെ ഉള്ളിലുണ്ടാവും അലൗകികമായ ഭാവം അവരുടെ ഉള്ളിലുണ്ടാവും അവർ ലോകത്തിൽ പെട്ടുപോകില്ല അവർക്ക് ശാസ്ത്രത്തിനോടും അധ്യാത്മവിഷയങ്ങളിലോടും സഹജമായ വാസന ഉണ്ടാവും അവരുടെ ഉള്ളു തൊട്ടു നോക്കിയ യോഗികൾക്കറിയാം ഇവര് പൂർവ്വജന്മത്തിലെ മനുഷ്യരൊന്നും ആയിരുന്നിട്ടില്ല എന്നറിയാം അവര് മനുഷ്യരോ മൃഗമോ ഈ ഭൗമമായ ഒരു ജന്തുവായിട്ട് അവരുണ്ടായിരുന്നിട്ടില്ല വേറെ ഏതോ മണ്ഡലത്തിൽ നിന്ന് വന്ന് മനുഷ്യ ശരീരത്തിലേക്ക് വന്ന് ജനിച്ചവരാണെന്ന് അവർ വന്നതിന്റെ ഒറ്റ ഉദ്ദേശം ശാസ്ത്രജ്ഞാനമോ ബ്രഹ്മവിചാരമോ ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോവാനുള്ള റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പുനരാവൃത്തിപ്രദമായിട്ടുള്ള ഉയർന്ന ലോകങ്ങളിൽ പോയിട്ട് തിരിച്ചു പുനരാവൃത്തി വരുമ്പോഴും അവനൊരു നല്ല ചാൻസ് ഉണ്ട് നോക്കു അടുത്ത ശ്ലോകം നോക്കു ആവർത്തിനോർജു മാർജന്മ വിദ്യേ ഹേ അർജുന ആ ബ്രഹ്മഭുവനോക ബ്രഹ്മാവിന്റെ ലോകം മുതൽക്ക് ഇതുവരക്കുള്ള ലോകങ്ങള് വീണ്ടും വീണ്ടും ജന്മമുള്ളവയാണ് ബ്രഹ്മാവിന്റെ ലോകം മുതൽക്ക് എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ലോകവും ഇൻക്ലൂഡഡ് എന്ന് ഭാഷ്യകാരൻ പറയുക ശാസ്ത്രത്തിൽ ഒരു വിഷയമുണ്ട് ബ്രഹ്മലോകത്തിൽ പോയാൽ അവിടുന്ന് ജ്ഞാനം നേടി ബ്രഹ്മാവിനോടൊപ്പം വിമുക്തമാകുമെന്ന് എന്താ വെച്ചാൽ ബ്രഹ്മാവ് അദ്ദേഹമാണ് ആദ്യം ഭഗവാനിൽ നിന്നും ആത്മവിദ്യ സ്വീകരിക്കുന്ന ആള് പ്രജാപതി അതുകൊണ്ട് അതൊരു ചർച്ചാ കാര്യമാണ് ശാസ്ത്രീയമായിട്ട് ആ ബ്രഹ്മഭുവനാൽ എന്നുള്ളത് ബ്രഹ്മലോക പര്യന്തം എന്നൊരർത്ഥമുണ്ട് പറയണ്ട് ബ്രഹ്മലോക പര്യന്തം പുനരാവൃത്തിയുണ്ടെന്നാണ് പക്ഷെ ബ്രഹ്മലോകവും കാലത്തിന്റെ ഉള്ളിൽ പെട്ടതുകൊണ്ട് അവിടുന്നു പുനരാവൃത്തിയുണ്ട് എന്നാണ് ഒരു വചനം എന്തായാലും ശരി ബ്രഹ്മണോ ഭുവനം ബ്രഹ്മഭുവനം ബ്രഹ്മാവിന്റെ ഭുവനം ബ്രഹ്മാവിന്റെ ലോകം എന്ന് അർത്ഥം പറഞ്ഞ് അവിടെ തൊട്ട് തുടങ്ങി നമ്മൾ അതിന്റെ അതായത് അവിടെ പോയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതിനെ വലിയ പിടിയില്ല സൂക്ഷ്മ രൂപത്തിൽ പല ലോകങ്ങളിലും സഞ്ചരിക്കാൻ കഴിയുന്ന യോഗികള് അവരുടെ അഭിപ്രായം അവർക്ക് ബ്രഹ്മലോകത്തിന്റെ ഉള്ളിൽ എൻട്രി ഇല്ല എന്നാണ് നാരദാതി അലൗകിക ദേവതകൾക്ക് മാത്രമേ ബ്രഹ്മലോകത്തിൽ എൻട്രി ഉള്ളൂ അത്രേ ഈ യോഗികൾക്കൊക്കെ ബ്രഹ്മലോക പര്യന്തം പോവാമെന്നാണ് ബ്രഹ്മലോകത്തിന്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല കാരണം എന്താ അവിടെ തിരിച്ചു വരവില്ല എന്നൊരു ശാസ്ത്ര സമ്പ്രദായമാണ് ഇതൊക്കെ നമ്മൾ കേട്ടോളാ ഒന്നും ഇപ്പൊ നമ്മൾ അവിടെ പോവാതെ നമ്മൾ ദർശിക്കാതെ നമുക്കൊന്നും ഇത് അറിയപ്പെടുന്ന വിഷയങ്ങളല്ല എങ്കിലും ഇതൊക്കെ പറഞ്ഞു അത്രയുള്ളൂ അപ്പൊ മാമുപേത്യത് കൗന്തേയ പുനർജന്മ നവിദ്യ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഇല്ല വീണ്ടും ജനനം ഇല്ല ശരി ബ്രഹ്മലോക പര്യന്തമുള്ള ലോകങ്ങള് കാലപരിച്ഛിന്നമാണ് കാലം എന്ന് പറഞ്ഞല്ലോ ഭഗവാനെ സ്മരിക്കാൻ കാലം നമുക്ക് മുഖ്യമാണ് അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞു ഈ കാലം എന്താണ് അല്പം ഒന്ന് ചിന്തിക്കുകയാണ് നമ്മളെ ഒന്ന് ഭ്രമിപ്പിക്കുകയാണ് ഭഗവാനിവിടെ അടുത്ത ശ്ലോകം നോക്കും സഹസ്രയുഗപര്യന്തം ബ്രഹ്മണോ വിദുഹൂ രാത്രി യുഗസഹിഹം ബ്രഹ്മാവിന് ആയിരം ചതുർ യുഗങ്ങൾ പകലെന്നും ആയിരം ചതുർയുഗങ്ങൾ രാത്രിയെന്നും ആർ യോഗബലം കൊണ്ടറിയുന്നു അവർ അഹോരാത്രങ്ങളെ അറിയുന്നു അതായത് ബ്രഹ്മാവിന്റെ ടൈം നിങ്ങൾക്ക് ടൈമിനെ അറിയണോ ശരി ്രഹ്മാവിന്റെ ടൈമിനെ കുറിച്ച് പറഞ്ഞത് രാം നിങ്ങൾ അറിയൂന്നാണ് ഒരു പരമാണു ആ പരമാണു മറ്റൊരണുവിനോട് ചേർന്ന് ദ്വി അണു മറ്റൊരണുവിനോട് ചേർന്ന് ത്രസരേണു അങ്ങനെ ത്രസരയണു അത് തൊട്ട് തുടങ്ങിയിട്ടുള്ള കാലയളവ് അതായത് മാറ്ററിന്റെ സെറ്റലസ്റ്റ് പോയിന്റ് അവിടെ തൊട്ട് കാലം തുടങ്ങി മാറ്ററിന്റെ മോസ്റ്റ് സറ്റിലെസ്റ്റ് പോയിന്റ് അൺബ്രേക്കബിൾ പോയിന്റ് ഉണ്ടല്ലോ അവിടെ തന്നെ കാലമാണത് ടൈമും മാറ്ററും ഒന്നാവുവാണവിടെ മാറ്റർ തന്നെ ടൈം ടൈം തന്നെ മാറ്റർ അപ്പൊ അതിലെ അതിന്റെ സൂക്ഷ്മ ദർശനത്തിക്ക് ഞാൻ കുറച്ച് അജാഗ്രതയായിരുന്നു ഇല്ലെങ്കി അതിന്റെ കാലയളവൊക്കെ എഴുതി വെച്ചുകൊണ്ടുകൂടെ ഒന്ന് പറയായിരുന്നു എനിക്ക് അതങ്ങോട് ഓർമ്മ വെക്കാൻ വയ്യപ്പൊ പരമാണു നമ്മൾ ആ പരമാണു തൊട്ടു തുടങ്ങി ആറ്റം അല്ല കാരണം ആറ്റം ബ്രേക്കബിൾ ആണ് അല്ലേ ഈ പരമാണു ബ്രേക്കബിൾ അല്ല അവിടുന്ന് തൊട്ടു ഏറ്റവും സൂക്ഷ്മതമമായ മണ്ഡലത്തിൽ നിന്നും അണുക്കൾ ചേർന്ന് വരുന്നു അവിടുന്ന് ത്രുട്ടി ലവം മുതലായിട്ടുള്ളതൊക്കെ ചേർന്ന് ക്ഷണം നിമിഷം അങ്ങനെ വന്ന നാഴികയും നാടികളും ഒക്കെ ആയിട്ട് മാറുന്നു അല്ലേ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നു നമ്മളുടെ ഒരു ദിവസം ഒരു പകലും ഒരു രാത്രിയും അങ്ങനെ ഏഴ് ദിവസം ഒരാഴ്ച ഏഴ് ദിവസം മറ്റൊരാഴ്ച അങ്ങനെ രണ്ടാഴ്ച പതിനാല് ദിവസം ഒരു പക്ഷം ആ ഒരു പക്ഷം പിതൃക്കളുടെ ഒരു പകലാണ് ഇതൊക്കെ ഋഷികളുടെ ദർശനമാണ് അതുകൊണ്ടാണ് അമാവാസക്ക് വാവിനുള്ള തർപ്പണമൊക്കെ അവർക്ക് ഒരു പക ഒരു ആ പതിനാല് ദിവസം കൂടുന്തോറും അവർക്ക് ജലം കൊണ്ട് ഭക്ഷണം കൊടുക്കണത് എന്നുവെച്ചാൽ അവർ ജലമയ ശരീരങ്ങളാണ് നമ്മൾ അന്നമയ ശരീരികളായതുകൊണ്ട് നമുക്ക് അന്നം കൊണ്ട് ഭക്ഷണം വേണം അവർ ജലമയ ശരീരികളായതുകൊണ്ട് അവർക്ക് ജലം കൊണ്ടുള്ള ഭക്ഷണം മതിയാവും നമുക്ക് അരിയും ഗോതമ്പൊക്കെ വേണം അവർക്ക് ജലം മതി പതിനാല് പകല് കഴിയുമ്പോൾ പിതൃക്കളുടെ ഒരു പകലാണ് അതുപോലെ പതിനാല് ദിവസം പിതൃക്കളുടെ രാത്രിയാണ് അങ്ങനെ ഒരു മാസം അങ്ങനെ ആറു മാസം ദേവന്മാരുടെ രാത്രിയാണ് ആറു മാസം ദേവന്മാരുടെ പകലാണ് ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയാണ് ഉത്തരായണം ദേവന്മാരുടെ പകലാണ് ദക്ഷിണായനം അവസാനിച്ച് ഉത്തരായണം തുടങ്ങുന്ന കാലമായതുകൊണ്ട് ആ സംഗമകാലത്തിലാണ് ഈ മാർഗശീർഷം വരുന്നത് ധനുമാസം അതുകൊണ്ടാണ് ധനുമാസത്തിന് വളരെയധികം സേക്രഡ്നെസ് എന്നുവെച്ചാൽ ദേവതകളൊക്കെ ഉണർന്ന് ഭഗവാനെ ഭജിക്കുന്ന സമയമാണെന്നാണ് മാസാനാം മാർഗ ശീർഷോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞു ആ മാർഗശീർഷത്തിന് എന്താ വിശേഷം എന്ന് വെച്ചാൽ ഉത്തരായണം ആരംഭിക്കാൻ പോവാണ് ദേവന്മാരുടെ ബ്രാഹ്മ അങ്ങനെ നമ്മളുടെ ആറു മാസവും ആറുമാസവും കൂടിയാൽ ദേവന്മാരുടെ ഒരു ദിവസമായി നമ്മളുടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ദേവന്മാർക്ക് ഒരു ദിവസം ഒരു ദിവ്യ അങ്ങനെ മുന്നൂറ്റി ദിവസം ദേവന്മാരുടെ ഒരു പകൽ അങ്ങനെ മുന്നൂറ്റി അറുപത് അറുപത്തിയഞ്ച് മാനുഷ സംവത്സരം ഒരു ദിവ്യ സംവത്സരം ഒരു വർഷമായിട്ട് തരും അപ്രകാരം പന്ത്രണ്ടായിരം ദിവ്യ വർഷം കൂടിയത് ഒരു ചതുർയുഗം അതായത് സത്യയുഗം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന് പറയുന്നത് ഒരു ചതുർയുഗം പന്ത്രണ്ടായിരം ദിവ്യ വർഷങ്ങൾ കൂടിയത് ഒരു ദിവ്യവർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ചു മനുഷ്യ വർഷങ്ങളാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് മനുഷ്യവർഷങ്ങള് ഒരു ദിവ്യവർഷവും അങ്ങനെയുള്ള പന്ത്രണ്ടായിരം ദിവ്യവർഷം കൂടിയത് ഒരു ചതുർ അങ്ങനെയുള്ള ആയിരം ചതുർയുഗം കൂടിയത് ബ്രഹ്മാവിന്റെ ഒരു പകൽ ിൽ ഗണിച്ചോളൂ അങ്ങനെയുള്ള ആയിരം ചതുർയുഗം കൂടിയത് ബ്രഹ്മാവിന്റെ ഒരു പകൽ അത്രയും തന്നെ ആയിരം ചതുർയുഗം കൂടിയത് ബ്രഹ്മാവ് ഉറങ്ങും ആയിരം ചതുർയുഗം രാത്രി അപ്രകാരമുള്ള അഹോരാത്രങ്ങളെ കൊണ്ട് പക്ഷമാസാദികളെ കൽപ്പിച്ചുണ്ടാക്കുന്ന വർഷങ്ങൾ നൂറു വർഷം അങ്ങനെ ആയിരം ചതുർയുഗവും ആയിരം ചതുർയുഗവും ചേർന്ന് രണ്ടായിരം ചതുർയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം അങ്ങനെയുള്ള നൂറ് വർഷമാണ് ബ്രഹ്മാവൻ ആയുസ് ഇത്രയും നീ ശരിക്കും മനസ്സിലാക്കിയാൽ നീ കാലത്തിനെ മനസ്സിലാക്കിയവനാണ് കുട്ടി എന്നാണ് ഇത്രയും കാലത്തിനെ കുറിച്ച് പറഞ്ഞ് വസിഷ്ഠൻ ചെന്ന് ഹിമാലയത്തിൽ പോയി ഒരു കാക്കയുടെ അടുത്ത് പോയി ചോദിക്കണു യോഗവാസിഷ്ടത്തിൽ ആ കാക്ക പറഞ്ഞു വസിഷ്ഠരെ ഒരു ഇരിക്കു എന്ന് പറഞ്ഞു നീ ആരാണെന്ന് ചോദിച്ചു കാക്കയുടെ അടുത്ത് വസിഷ്ഠ ഭഗവാൻ ഞാൻ കാലഭുഷി എന്ന യോഗിയാണ് അങ്ങക്ക് എന്തറിയാം എന്ന് ചോദിച്ചു വസിഷ്ഠൻ കാലഭുഷുണ്ടിയെ നമസ്കരിച്ച് ചോദിച്ചു ഞാൻ എത്രയോ യുഗങ്ങൾ കണ്ടിരിക്കുന്നു ഇപ്പോൾ ഉള്ള ബ്രഹ്മാവ് എന്റെ കണക്കിൽ പതിനാറാമത്തെ ബ്രഹ്മാവാണ് അങ്ങനെ പതിനാറ് ബ്രഹ്മാക്കളെ ഞാൻ കണ്ടിരിക്കണമെന്ന് വസിഷ്ഠരെ അങ്ങ് തന്നെ എന്റെ അടുത്തേക്ക് ഇരുപതാമത്തെ പ്രാവശ്യവും മറ്റു ആണ് വരണത് അപ്പൊ അങ്ങനെ മരണമല്ലേ എന്റെ നീയതി ഇങ്ങനെയാണ് ഞങ്ങൾ പത്ത് പേര് യോഗിനികളായി ഉണ്ടായി ഞാൻ പിന്നെ ഈ കാക്കശരീരം സ്വീകരിച്ചു ഓരോ പ്രളയകാലത്തിലും മണ്ണ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഞാൻ വെള്ളമാണെന്ന് പറഞ്ഞിരിക്കും വെള്ളം അഗ്നിയിൽ ലയിക്കുമ്പോൾ ഞാൻ അഗ്നിയായിട്ടിരിക്കും അഗ്നി വായു ലയിക്കുമ്പോൾ ഞാൻ വായുവായിട്ടിരിക്കും വായു ആകാശത്തിൽ ലയിക്കുമ്പോൾ ഞാൻ ആകാശമായിട്ടിരിക്കും ആകാശം മനസ്സിൽ ലയിക്കുമ്പോൾ ഞാൻ മനസ്സിന്റെ ആകാരം പൂണ്ടു നിൽക്കും മനസ്സ് സ്വരൂപത്തിൽ ലയിക്കുമ്പോൾ ഞാൻ ബ്രഹ്മനിഷ്ഠനായിട്ട് തീരും അടുത്ത യുഗത്തിൽ സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ വന്ന് ഇതേ മരം ഉണ്ടാക്കിയിട്ട് ഇതിൽ കാക്കയായിട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞു ആര് കണ്ടു അല്ലെ കേരളത്തിലെ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനും മഹാത്മാവു ആണ് ബാലകൃഷ്ണനായ സാധനം അദ്ദേഹത്തിനൊന്ന് സ്മരിക്കണം അദ്ദേഹം ഇപ്പോ മരിച്ചുപോയി ഒരു വർഷം ആവാറായി ഭഗവത്ഗീതയുടെ വ്യാഖ്യാനവും നാരായണ ഗുരുസ്വാമിയുടെ കൃതികളുടെ വ്യാഖ്യാനവും വാസിഷ്ടവും ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പലർക്കും അദ്ദേഹം ഗുരുവാണ് പലർക്കും അദ്ദേഹം വഴി കാട്ടിയാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മാർഗം ചിലപ്പോ പറ്റിയെന്ന് വരില്ല ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വിചാരമാർഗം ജ്ഞാനമാർഗാണ് അദ്ദേഹത്തിന്റെ ഭക്തി ആ മാർഗങ്ങളൊന്നും ചിലപ്പോ കണ്ടുവന്നു വരില്ല പക്ഷേ നല്ല മഹാത്മാവായിരുന്നു അദ്ദേഹം ഈ കകഭുഷുണ്ടി ഉപാഖ്യാനം കോഴിക്കോട് വെച്ച് പറയുമ്പോ അദ്ദേഹം തന്നെ ഈ കഥ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പറഞ്ഞിട്ട് കാക്കപുഷുവിന്റെ ഉപാഖ്യാനം പറയുമ്പോ ഒരു കാക്ക ജനൽ വന്നിരുന്നു ആ കാക്ക എന്നിട്ട് തോള് വന്നിരുന്നു അദ്ദേഹം എങ്ങില്ല കാക്ക തോള് വന്നിരിക്കണം എന്ന് ആലോചിച്ചു നോക്കും ഈ കാക്കപുഷുവിന്റെ ഉപാഖ്യാനം കഴിഞ്ഞവരെ ആ കാക്ക മടിയിലറിഞ്ഞിരുന്നു ആ ശിഷ്ടം പറയുമ്പോ ആര് ഏതൊക്കെ രീതിയിൽ സർവേശ്വരന്റെ ദൂതന്മാര് ഇവിടെ പ്രചരന്തി ദിവാനക്തം എന്നാണ് പറഞ്ഞത് രാവും പകലും നടക്കണുണ്ടെന്നാണ് പരമേശ്വരൻ പല രൂപത്തിലും തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ നടക്കണുണ്ട് എന്നൊക്കെ ഒരു വേദം പറയണം സൂക്ഷ്മം നമ്മൾ ആരാഥകളല്ല നമ്മൾ വേണമെങ്കിൽ നമ്മൾ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുപാട് ഭാവങ്ങളില് ദേവതകളും ഭഗവാ ഒക്കെ നടക്കണുണ്ട് സിദ്ധന്മാരും ഒക്കെ ഉണ്ട് അവരൊക്കെ കാലത്തിന് അഹോരാത്ര വിധോ ഭഗവാൻ ഇവിടെ പറഞ്ഞു കാലത്തിന്റെ കണക്കിനെ തെറ്റിച്ചവരാണെന്നാണ് കാലത്തിന്റെ കണക്ക് കടന്നു പോയിട്ടുള്ളവരാണ് കാലം അവർക്ക് പ്രശ്നമല്ലാത്തവരാണെന്നാണ് നമ്മുടെ രാമായണത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദിലീപനു ഗുരു വസിഷ്ഠനാണ് രഘുവിനു ഗുരു വസിഷ്ഠനാണ് ഭഗീരഥന് ഗുരു വശിഷ്ഠനാണ് അജനു ഗുരു വശിഷ്ഠനാണ് ദശരഥനു ഗുരു വശിഷ്ഠനാണ് രാമനു ഗുരു വസിഷ്ഠനാണ് ഇക്ഷകുനു ഗുരു വശിഷ്ഠനാണ് ഇക്ഷുവാകുവിന് യാഗം ചെയ്യണത് വസിഷ്ഠനാണ് ഇഷ്വാകു വംശത്തിൽ തുടർന്ന് എത്രയോ പേര് കഴിഞ്ഞിട്ടാണ് ദിലീപൻ വരണത് അപ്പൊ ഈ വസിഷ്ഠന് മരണല്ലേ നമ്മളുടെ മോഡേൺ റിസർച്ച് സ്കോളേഴ്സ് പറയണത് അത് ഈ ശങ്കരാചാര്യെന്ന് പറഞ്ഞ പോലെ പീഠത്തിൽ ഇരിക്കുന്ന ഒരു ഒരു പദവിയാണ് വസിഷ്ഠൻ എന്ന് പറയണത് എന്നാണ് അങ്ങനെയല്ല വേദത്തില് പ്രാമാണികമായി വിചാരം ചെയ്തിട്ടുള്ളവരുടെ അഭിപ്രായം പറയണത് ഈ വസിഷ്ഠന്റെ അടുത്താണ് തൃശങ്കുവെന്ന് പറഞ്ഞത് നിങ്ങളുടെ അടുത്തൊരു സീക്രട്ട് ഉണ്ടല്ലോ മരിക്കാതെ ഇവിടുന്ന് മറയാനുള്ള ഒരു വഴി എനിക്ക് എന്നെ അങ്ങനെ അയക്കില്ലേ ചോദിച്ചത് എനക്ക് അധികാരം വസിഷ്ഠൻ എന്നെ കഴിയില്ല എന്ന് പറഞ്ഞില്ല വിശ്വാമിത്രൻ അയിന് മുതിർന്നിട്ടാണ് ഇയാളെ നടുക്കുകൊണ്ടുവന്ന് നിർത്തിയത് കഥയൊക്കെ ഈ ഈ രാജാക്കന്മാരൊക്കെ മരിച്ച കഥയുണ്ട് ഈ ഋഷികൾ ആരും മരിച്ചു എന്നുള്ള കഥയില്ല അവര് ഈ ക്രമമുക്തി സമ്പ്രദായത്തില് പോയവരായിരിക്കണം ആരും ഉണ്ടു അപാമ സോമം അമൃതാപഭൂ ഏത് തന്നെ പറഞ്ഞ് നിങ്ങള് സോമരസം പാനം ചെയ്ത് ഒരു ആത്യന്തികമല്ല ആപേക്ഷികമായ അമൃതത്വം സാധിച്ചിട്ടുണ്ടെന്നാണ് ആപേക്ഷികമായ അമൃതത്വം അവർക്ക് സിദ്ധിച്ചിട്ടുണ്ടാവും ഈ സോമലത എന്താണെന്ന് തോന്നിപ്പോ നമുക്കൊന്നും പിടിയില്ല ആപേക്ഷികമായ അമൃതത്വം എന്ന് വെച്ചാൽ ഇവിടെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് പോവാൻ ഈ ഋഷികൾക്കൊക്കെ സാധ്യമായിരുന്നു അവര് കാലത്തിന്റെ ഗണനയ്ക്ക് ഉൾപ്പെട്ടവരായിരുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ഭാവന ചെയ്യുന്നത് വളരെ നല്ലതാ ഭാവന വെറുതെ ഈ ടെറസ്ട്രിയൽ പ്ലെയിനിൽ മാത്രം നിക്കണ്ട സ്കാൻ ചെയ്ത് നോക്കി ബി പി ഇവിടെ തൊട്ട് നോക്കി ബി കൂടി സ്കാൻ ചെയ്ത് നോക്കി ഉള്ളിൽ എന്തോ ഹോള് കണ്ടു ഇതെല്ലാം നമ്മളുടെ ഭാവന രാവും ഇതൊക്കെ പോയിട്ട് മരണമില്ലെന്നൊന്ന് ഭാവന ചെയ്യും മരണമില്ലായ്മേണ്ടി നല്ലതാ നമ്മളുടെ ശാസ്ത്രം മരണം മരണത്തിനെ ചെയ്യാൻ പാടില്ല വ്യാധിയെ ഡെപക്ട് ചെയ്യാൻ പാടില്ല സാധിക്കുമെങ്കിൽ മരണമില്ലായ്മയും ആരോഗ്യത്തിനെയും ഇങ്ങനെയുള്ള ഒക്കെ നിങ്ങൾ ഇത് ഭാവനയാണെങ്കിലും വെച്ചുകൊള്ളുക ഉള്ളിൽ നല്ലതാ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവും ഉള്ളിലൊരു ബലം ഉണ്ടാവും ഇത് എപ്പ മരിക്കാമേണോ എപ്പൊ മരിക്കാമേണോ എപ്പോ മരിക്കാമേണോ മരിക്കുന്നവരൊക്കെ മുമ്പിൽ കാണാം ജാതിയും സൂക്കേടും മരണവും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കൂ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെ സ്വതന്ത്രമായിട്ടു അങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ബ്രഹ്മാവിന്റെ കാലമൊക്കെ പറഞ്ഞു കാലം പറഞ്ഞ് അവ്യക്തയ സർവാഭവ്യ നമ്മള് നാളെ കാണാം ഈ ശ്ലോകം നാളെ വൈകിട്ട് ഗീതായ്ഞം സമർപ്പണമാണ് നമ്മൾ ഈ ദേവയാന മാർഗമൊക്കെ കണ്ടറിഞ്ഞ് അത് റൂട്ടൊക്കെ ഒന്ന് എഴുതിവെച്ച് പോവാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷപ്രാങ്കണരിങ്കണലോലമം പരമായാസം ഥമ പ്രണമത ഗോവിന്ദ ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ പര മൃത്സ്നസി യശോദ താടനശൈവസന്സം വ്യധവക്ലോകോകോക്കോ ലോക ത്രയപുരമൂലസ്തംഭം ലോകോകമോക്കം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ടപരിപുവീരഘ്നം കിതിഭാരഘ്നം ഭരോഘ്നം കൈവല്യം നവനാഹാരം ഭുവനം വൈമലയസ്ഫുടേവൃത്തിവിശേഷഭാസമനാഭാസം ണമത ഗോവിന്ദം ഗോവിം പരമാനന്ദം ഭജ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ യോ മമാത്മാവസി മേവ തോന്നും മമ കിച്ചിസ്തിഥേഷ്ടം കൂരുമാത്മനം